േദാകാശമന്വിഷണ്ണം ചക്ഷു സ ചാക്ഷുഷപരുഷോദർശന ചക്ഷു വേദേതം ജിഘ്രാണേ സാത്മാഗന്ധാഘാണം അധ യേഹരാതി ശൃവാനീതി സവണോത്രം അഥ ോ വേദം മണ്വീതി സവാുഷ മനസേമാൻ പശ്യൻ ജമത്തെ ബ്രഹ്മലോക സ്തം എം ദ ആത്മാനുപാസത്തെ തസ്തം ലോകോകോതിമാനമനവിദ്യപതിരുവാച നമ്മുടെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് ചക്ഷുരാദി കർണങ്ങളെ കുറിച്ചും മനസ്സിനെ പറഞ്ഞു ആത്മന സത്താ മാത്ര ഈ വജ്ഞാന കർത്തൃത്വം അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അറിയുന്നവൻ എന്ന് പറയുന്നതിന്റെ വ്യത്യാസം അറിവ് അതിനാ അറിവ് സത്താ അതല്ലാതെ ഇതിനവിടെ അറിയുന്നു വിഷയത്തെ അറിയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള വ്യവഹാരം ജീവനിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അവിടെ ജ്ഞാന കർത്തൃത്വമല്ല വ്യാപാരം സംഭവിക്കുന്നു ആയിട്ട് അനുഭവിക്കുന്നു അത് നമ്മൾ പറഞ്ഞു എന്താണ് ആ ചിജട ബന്ധം കൊണ്ട് വരുന്നതാണ് ചിത്തും ജടും തമ്മിലുള്ള കുടിക്കലകൾ ോ താതാത്മ്യമൊന്നോ എല്ലാം പറയുന്നത് കൊണ്ട് ഇങ്ങനൊരു അനുഭവം വരുന്നു എന്ന് പറഞ്ഞു അദ്ധ്യായതീവ അല്ല ലേലായ തീവുക നിശ്ചലം പോലെ അനുഭവപ്പെടുന്നു അത് ഇളകുന്നത് പോലെ അനുഭവപ്പെടുന്നു ഇവിടെയൊന്നും പരമാർത്ഥത്തിലുള്ള ഞാനോ കർത്തൃത്വമില്ല ഞാൻ അറിയുന്നവൻ ഇത്തരത്തിൽ അറിവിലൊന്നും സംഭവിക്കുന്നില്ല ഉദാഹരണം പറഞ്ഞു സവിധുസത്ത മാത്രേവ പ്രകാശനകർത്തൃത്വം നതു വ്യാപൃത്താണ് മനോഹസ്യാത്മനോ ദൈവം അപ്രാകൃതം ഇതേന്ദ്രിയ സാധാരണ ചക്ഷു ചേ പശ്യ ചക്ഷു ഇവിടെ പറഞ്ഞു അഥയോ വൈതം മന്വാൻ ഇതി സാത്മാ മനോഹസ്യ ദൈവം ചക്ഷു എന്നുള്ള ഇത് നമ്മൾ വിശദീകരിച്ചാണ് മനസ്സ് ഈ ആത്മാവിന്റെ ദൈവചക്ഷുവാണ് എന്ന് പറഞ്ഞു ദൈവം എന്ന് പറഞ്ഞെന്താ പ്രത്യേകിത അപ്രാകൃതം ഇത്തരം ഇന്ദ്രിയ അസാധാരണം കാരണം സർവ ഇന്ദ്രിയങ്ങൾക്കും സർവഇന്ദ്രിയങ്ങളിലും സ്വതന്ത്രമായിരിക്കുക സർവ്വ ഇന്ദ്രിയങ്ങൾക്കും ഇല്ലാത്ത ചില വിശേഷതകളുണ്ടായിരിക്കുക അതാണ് അതിന്റെ ദൈവത്വം അതുകൊണ്ട് ഈ ആത്മാവിന്റെ ദൈവചക്ഷുഷാണ് മനസ്സെന്ന് പറയുന്നു ചഷ്ടത്തെ അനേനിയ ചു മനസ്സുകൊണ്ടാണല്ലോ കാണുന്നത് അതെന്താണോ അതിന്റെ സവിശേഷത അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു യും വർത്തമാനത്തെയും ഭാവിയും എല്ലാം മനസ്സിലറിയാൻ കഴിയുന്നു ഇന്ദ്രിയങ്ങൾക്ക് അതില്ല ഇന്ദ്രിയങ്ങളുടെ ഒരു ദൗർബല്യം എന്താണ് അതിന് വർത്തമാനക്ഷണം അതുമാത്രമേ അറിയാൻ കഴിയൂ അതാണ് അടുത്ത് പറയുന്നു വർത്തമാന കാല വിഷയാണ് ഇന്ദ്രിയേ അത് അതൈവാനിത്താനി വർത്തമാനകാല വിഷയാണ് കേവലം വർത്തമാനകാലത്തിൽ മാത്രം പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ ദൈവം എന്ന് പറയാൻ പറ്റില്ല അദൈവാനി താനി ഇവിടെ ദൈവം എന്നുള്ള ഉദ്ദേശിക്കുന്നത് അസാധാരണമായ വിശേഷപ്പെട്ട സാമർഥ്യമുള്ളതെന്നുള്ള അർത്ഥത്തിലാണ് സാറിന് ദൈവം എന്ന് പറയുന്നത് എന്താണ് ജീവനെന്നും വിലക്ഷണമായ വ്യത്യസ്തമായ പല ശക്തി വിശേഷങ്ങളും ഉള്ള ഒന്നും ആണ് അതുപോലെ മറ്റേന്ദ്രിയങ്ങളിൽ നിന്നും ഭിന്നമായ വിശേഷമായ ശക്തിവിശേഷമുള്ളതെന്നാണ് മനസ്സ് അതുകൊണ്ട് ഇവിടെ മനസ്സും ചക്ഷുവാണ് കാരണം ഇത് ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് അ ചക്ഷുപുരുഷൻ എന്ന് പറയുമ്പോൾ കേവലം കണ്ണും നടക്കണ്ട കണ്ണിനെടുക്കാം അത് എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൂടി ഉൾക്കൊള്ളുന്നതാണ് എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും വ്യാപരിക്കുന്നവൻ വിഷയങ്ങളെ ഗ്രഹിക്കുന്നവൻ എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സ് ത്രികാല വിഷയോലബ്ധീകരണം മനസ്സിന്റെ പ്രത്യേകത എന്താണ് അത് ത്രികാലത്തിലുള്ള വിഷയങ്ങളെയും അത് ഗ്രഹിക്കും മറ്റുള്ള ഭാവിയെക്കുറിച്ച് അത് ഭാവന ചെയ്യും ഭൂതത്തെ സ്മരിക്കും വർത്തമാനത്തെ പ്രത്യക്ഷമാണ് അല്ലെങ്കിൽ പരോക്ഷമായി ഗ്രഹിക്കും ഇത് മനസ്സിന്റെ സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ ദൈവമൊന്നും വിളിക്കാം ഇനി അതേ മനസ്സ് തന്നെ ഉമൃത്തി ദോഷം അതിൻ്റെ ദോഷങ്ങളെല്ലാം മാറ്റി നിന്നിരിക്കട്ടെ ഉപാസനയിലൂടെ ഉപാസനയെക്കുറിച്ചും പറയുന്നുണ്ട് ഈ പ്രകടനത്തിൽ തത്വജ്ഞാനത്തെക്കുറിച്ചും പറയും ഉപാസനയെക്കുറിച്ചും പറയും അതേ മനസ്സ് തന്നെ മൃത്യുദോഷം സൂക്ഷ്മ വിവിഹിതാദി സർവ ഉപലബ്ധീകരണം തേടി ദൈവം ചഷിപ്പിച്ചത് സൂക്ഷ്മമായിരിക്കുന്ന വിവഹിതമായിരിക്കുന്ന സർവത്തിന്റെയും ഉപലബ്ധിക്ക് കാരണമായി തീരുന്നു അവപാസനം കൊണ്ടാണല്ലോ അവൻ ബ്രഹ്മലോകം വരെ എത്തിച്ചേരുന്നു ആത്മാവ് സർവവ്യാപിയായിരിക്കുമ്പോൾ ഇവിടെ ഒന്ന് സ്വർഗത്തിൽ പോകാനോ തിരിച്ചു വരാനോ ബ്രഹ്മലോകത്തിൽ പോകാനോ ഒന്നും കഴിയത്തില്ല മനസ്സെന്ന ഉപാധിയെ ആശ്രയിച്ചിട്ടാണ് ഈ പോക്ക് വരുമല്ല ആ മനസ്സ് ഉപാസന കൊണ്ട് ദോഷങ്ങളെല്ലാം മാറിയതായാണ് സൂക്ഷ്മമായി കഴിഞ്ഞാൽ അത് ബ്രഹ്മലോകം പോലെയുള്ള ലോകത്തിൽ വിഷയങ്ങളൊക്കെ അറിയുന്നു വിവിധമാണിപ്പോൾ അത് വിവിധമാണ് സാധാരണ ഗുരുവിന് അജ്ഞാനം കൊണ്ടതെല്ലാം മറിഞ്ഞിരിക്കുകയാണ് അതു നമ്മൾ പറയുന്നില്ല സർഗമില്ല ബ്രഹ്മലോകമില്ല എന്ന് പറയുന്നു പക്ഷെ ഇവിടെ ശ്രുതി പറയുന്നു അതുകൊണ്ട് എന്തുകൊണ്ട് അത് ഈ പ്രതി ദോഷമായ മനസ്സ് അതിനെ ഗ്രഹിക്കുന്നതുകൊണ്ടാണ് അതിനെ ഗ്രഹിക്കുന്നതായ അനുഭവമുള്ളതുകൊണ്ടാണ് ഉപാസകർക്ക് അതുകൊണ്ട് മനസ്സ് ദൈവം ചക്ഷുവാണ് സവൈമുക്ത സ്വരൂപാപ്പന്നോ അവിദ്യാവൃദ്ധ ദേഹീന്ദ്രിയ മനോക്ത സർവാത്മഭാവം ആപന്ന സന്നേവ്യോമ പദ്ശുദ്ധ സർവേശ്വരമനോ ഉപാധിശൻ ഏതേന വീശ്വരേണ മനസ്സായി കാമാൻ സവിതൃപ്രകാശവ നിത്യപ്രതത്തേന ദർശനേന പശ്യീ ലോകത്തിൽ നിന്ന് മുക്തനായവൻ ബ്രഹ്മലോകത്തെ പ്രാപിച്ചവൻ ഈ മനസ്സ് കൊണ്ടാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് അവിടെ പറഞ്ഞുണ്ട് അവിടെ അമൃതത്തിൻ്റെ സരസുണ്ട് വലിയ സ്വർണത്തിന്റെ ഖനി ഉണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞു എന്നുവെച്ചാൽ ഭോഗ്യവസ്തുക്കൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ എങ്ങനെ അനുഭവിക്കുന്നു സ്വരൂപത്തെ പ്രാപിച്ചവൻ നേരത്തെ സ്വരൂപാപന്നു പറഞ്ഞു നേരത്തെ പറഞ്ഞു അവൻ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ ശരീരത്തെ സ്മരിക്കുന്നില്ല ഇവിടെ ഈ ശരീരബോധത്തോടുകൂടിയായിരിക്കുന്നു ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നവൻ ഈ ശരീരബോധത്തിലല്ല സ്വരൂപാപന്ന അവിദ്യാകൃത ദേഹേന്ദ്രിയ മനോവി അവിദ്യാകൃതമായ മനസ്സുകളിൽ നിന്ന് ഇത് ഈ ജാഗ്രത്തിൽ ഈ വർത്തമാനത്തിലുള്ള ഈ ദേഹ ഇന്ദ്രിയ മനസ്സുകളിൽ നിന്ന് അവൻ വിമുക്തനാകുന്നു ബ്രഹ്മലോക പ്രാപ്തിക്ക് അത് വേണമല്ലോ ഈ ശരീരത്തോടെ ഈ മനസ്സിനോടെ ഇന്ദ്രിയങ്ങളോടെ അവിടെ എത്താൻ ഒക്കെ സർവാത്മഭാവം പറഞ്ഞു എന്താണോ അവൻ എന്തുകൊണ്ടവന് ബ്രഹ്മലോകത്തെ അനുഭവിക്കാൻ കഴിയുന്നു അവൻ സർവ താതാത്മ്യത്തെ പ്രാപിച്ചിരിക്കുന്നു സൻ ഏഷവ്യോമവത് വിശുദ്ധ ആകാശം പോലെ വിശുദ്ധമായിരിക്കുന്നു ആകാശം വിശുദ്ധമായതുകൊണ്ടെന്താ അതിന് കഴിയുന്നത് അത് സർവവുമായിരിക്കുന്നു വായുവായും ജലമായും അഗ്നിയായും ഭൂമിയായും എല്ലാം അതിരിക്കുന്നു അതാണ് വിശുദ്ധികൾ ആകാശത്തിൽ അതെല്ലാം സ്ഥിതി ചെയ്യുന്നു ആകാശം അതെല്ലാമായിരിക്കുന്നു ഉള്ളിൽ ഇവരുന്ന ആകാശത്തിൽ നിന്നും സൃഷ്ടിയുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു തരത്തിൽ പറഞ്ഞാലും ശരിയാണ് അപ്പോ ആകാശം സൂക്ഷ്മവും വിശുദ്ധവുമായുകൊണ്ട് അതിന് സർവാത്മകമാകാൻ പറ്റുന്നു കാശത്തെ ആശ്രയിച്ചുകൊണ്ട് മാത്രമല്ല ആകാശസ്വരവുമായിട്ട് തന്നെ സ്രവം നിൽക്കുന്നു വായുവും അഗ്നിയും ജലവും പൃഥ്വി എല്ലാം ആകാശസ്വരൂവുമായി നിൽക്കുന്നതെന്ന് അങ്ങനെ പറഞ്ഞാലും ചോദിക്കും കാരണം ഒന്നിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ അസ്വരൂപത്തിന് വേർപ്പെടുത്താൻ കഴിയത്തില്ല അതാണ് സ്വരൂപം എന്ന് പറയുന്നത് അഗ്നിയുടെ സ്വരൂപമാണ് ഉഷ്ണത്തിൽ നിന്ന് അഗ്നിയെ വേർപെടുത്താൻ വയ്യ അതുപോലെ ഈ വയുവാദികളുടെ സ്വരൂപമാണ് ആകാശം എന്തുകൊണ്ട് ആകാശത്തിൽ നിന്ന് ഇതിനെ വേർപെടുത്താൻ വയ്യും ആകാശത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയുമോ സാധ്യമല്ല എത്ര ശ്രമിച്ചാലും അത് സാധ്യമല്ല ഭൂമിയെ ും മൺ തരി ആകാശത്തു നിന്ന് വേർപ്പെടുത്തുക എവിടേക്ക് കൊണ്ടുപോകും വാസ്തവത്തിനത് ആകാശസ്വരൂപമായിരിക്കുക എത്ര സമർത്ഥനായ ഗുരുവിൻ വിചാരിച്ചാലും ശരി ആകാശത്തു നിന്ന് അതിനെ മാറ്റുവാൻ സാധ്യമല്ല എങ്ങോട്ട് മാറ്റിയാലും ആകാശം ആകാശത്തെ ആശ്രയിച്ചതിനെ നിലനിൽക്കുള്ളൂ അതാണ് ആകാശത്തിൻ്റെ വിശുദ്ധി ആകാശത്തിന്റെ സൂക്ഷ്മത എന്ന് പറയുന്നു കേവലമായ ആകാശത്തിന് ജഡമായ ആകാശത്തിന് ഇത് കഴിയുമെങ്കിൽ വ്യോമവത് വിശുദ്ധ സർവേശ്വര മനോപാധി സൻ സർവേശ്വര മനോപാധി രണ്ടുതരത്തിലും പറയാം സർവേശ്വരൻ ഏതെന്തിനാണോ അഭിവ്യക്തമാകുന്നത് അത് അങ്ങനെയുള്ള മനസ്സ് ആ മനസ്സാകുന്ന ഉപാധിയോടുകൂടിയവൻ അല്ലെങ്കിൽ സർവീശ്വരനാകുന്ന ആ മനസ്സ് മനസ്സാകുന്ന ഉപാധിയോടുകൂടി ഇവൻ രണ്ടു തരത്തിലും പറയും സർവേശ്വര വിദ്യ സർവേശ്വര മനസ്സ് ചുരുക്കത്തിൽ മനസ്സാകുന്നു ബാധുക്തി ആ മനസ്സ് നേരത്തെ പറഞ്ഞുണ്ടോ ഉമ്മർത്തി ദോഷം ദോഷങ്ങളെല്ലാം മാറിയത് ഉപാസനുണ്ട് ഉപാസനയോ യോഗമോ എല്ലാം ഇതാ ഉപാസനെ കുറിച്ച് പറയുകയാണ് അജ്ഞാനിയെ അപ്പോൾ പാസനയിലൂടെ ബ്രഹ്മലോകത്ത് പ്രാപിച്ച ആളും ഞാനിയാണ് കാരണം പിന്നീട് തിരിച്ചു വരുന്നത് അതുകൊണ്ട് പക്ഷെ അവിടെ പ്രത്യേകത ഇതാണ് എന്താണ് സർവീശ്വര മനസ്സ് ഉപാധിയായിരിക്കും അതുകൊണ്ടാണ് ഈ ഗുണമാധികളെല്ലാം പ്രാപിക്കുന്നത് അവൻ്റെ മനസ്സ് തന്നെ സ്വയം ഈശ്വരീയമായി എന്നാണ് സർവജ്ഞത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കുന്നത് ഈശ്വരനിലാണ് ഈശ്വര തത്വം എന്തുകൊണ്ട് ഈശ്വരനത് വരുന്നു കാരണം അവിടെ ഈശ്വരൻ അതിന് തക്കയുള്ള തക്കതയമായ മായ വിശുദ്ധ മായയാകുന്ന ഉണ്ട് ആ മായോപാധിയെ സ്വീകരിക്കുമ്പോൾ അതിന് പറയും ഈശ്വരന്റെ മനസ്സെന്ന് പറയാം ഈശ്വരൻ്റെ മായ എന്ന് പറയാം അല്ലെങ്കിൽ ഈശ്വരന്റെ ഇച്ഛാശക്തി ക്രിയാശക്തി എന്നെല്ലാം പറയാം ഉപാധി കൊണ്ട് ഈശ്വരൻ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യും ഈശ്വരന്റെ ജീവന്മാർക്ക് ബന്ധമോക്ഷങ്ങളെല്ലാം നൽകുന്നതിനുള്ള ശേഷിയുണ്ട് ഉപാധിയുടെ പ്രത്യേകതകളാണ് ഉപാസകന്റെ മനസ്സും സർവീശ്വരമായി നൽകും സർവൈശ്വര്യങ്ങളോടുകൂടിയതായി സർവശക്തിയുക്തമായി അതുള്ളതുകൊണ്ട് ആ മനസ്സുകൊണ്ട് തേനീവ ഈശ്വരയുടെ മനസ്സ് ആ മനസ്സ് തന്നെ സ്വയം ഈശ്വരൻ സിദ്ധാന്തമനുസരിച്ച് എന്താണ് കേവലമായ സത്ത നിരുപാധികമായ സത്ത അത് മാത്രമാണ് പരമാർത്ഥം പക്ഷെ ഈ സത്തയിൽ തന്നെയാണ് ഈശ്വരഭാവം അവിടെ ഒരു ഉപാധി സ്വീകരിക്കേണ്ടി വരുന്നു ഉപാധിയാണ് മായ എന്ന് പറയുന്നത് വിശുദ്ധമായ എന്ന് പറയുന്നു അപ്പൊ ആ ഉപാധിയിലൂടെയാണ് ഈശ്വരഭാവം പ്രകടമാകുന്നത് കേവലമായ തത്വത്തിൽ അതുപോലെ ഇവിടെ മനസ്സാകുന്ന ഉപാധിയിലൂടെ ഈ ഉപാസകനിലും ാവം പ്രകടമാകുന്നു അതിന് കാരണം എന്താണ് ഈശ്വരേണ മനസ്സാൻ കാമാൻ സവിതൃപ്രകാശകൻ നിത്യപ്രേന ദർശനേന പശ്യൻ രമേ ഉപാസകൻ സൂര്യനെങ്ങനെയാണ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നത് ഒന്നിനൊഴികെ എന്തുകൊണ്ട് ഇരട്ടിനെ പ്രകാശിപ്പിക്കാൻ പറ്റുന്നു സൂര്യന് ഇരട്ടൊഴികെ ബാക്കി എല്ലാത്തിനും പ്രകാശിപ്പിക്കും ഇരട്ടിനെ നശിപ്പിക്കും അതുപോലെ ഇവിടെ സർവേശ്വര മനസ്സെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ മനസ്സുകൊണ്ട് കാമാൻ സവിതൃപ്രകാശവൻ നിത്യപ്രതതേന സൂര്യൻ പ്രകാശം സദാ പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയെന്നോ പകലെന്നോ അവിടെ വ്യത്യാസമില്ല സദാ അത് ഇരട്ടിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപാസകൻ പശ്യന്റെ മതേ ആ നിത്യപ്രകാശത്തിലൂടെ മനസ്സാകുന്ന ഉപാസ ഉപാധിയിലൂടെയുള്ള നിത്യപ്രകാശത്തിലൂടെ ിക്കുന്നു എന്ന് പറയുന്നു ബ്രഹ്മലോകത്തിനും പറ്റുമ്പോൾ ആനന്ദിക്കാനോ ആനന്ദം മാത്രം ദുഃഖമില്ല ദുഃഖശൂന്യമായ ആനന്ദം എന്തുകൊണ്ടാണ് ദുഃഖമില്ലാത്തത് സർവത്തെയും പ്രകാശിപ്പിക്കുമ്പോ ദുഃഖത്തെ പ്രകാശിപ്പിക്കുന്നു കാമക്രോധാദികളുടെ എണ്ണം പ്രകാശിപ്പിക്കുന്നു ഉപാസകനും ദുഃഖത്തിനും കാമക്രോധാദികളെല്ലാം പ്രകാശിപ്പിക്കുന്നു അതെല്ലാം അനുഭവിക്കുന്നു വരത്തില്ലേ അതില്ല ഉപാസകൻ ദുഃഖാദികളെയൊന്നും പ്രകാശിപ്പിക്കത്തില്ല കേവലം ആനന്ദത്തെ മാത്രം എന്തുകൊണ്ടങ്ങനെ അതാണ് ഇവിടെ പറഞ്ഞത് ഈശ്വരേണ മനസ്സാ ആ ഉപാധിയുടെ പ്രത്യേകതയാണ് സൂര്യൻ ഇരുട്ടിനെ നശിപ്പിക്കത്തേ ഉള്ളൂ നശിപ്പിച്ചിട്ട് വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു അതുപോലെ ഈ ഉപാസന ആത്മബോധം ദുഃഖാദികളെ നശിപ്പിക്കുന്നു നശിപ്പിച്ചിട്ട് ആനന്ദത്തെ പ്രകാശിപ്പിക്കുന്നു അതുകൊണ്ടാണ് അവിടെ ദുഃഖം അനുഭവിക്കുന്നില്ല എന്ന് പറയും നേരത്തെ ചോദ്യം ചോദിച്ചു സർവ്വ താതാത്മ്യ ഭാവത്തെ പ്രാപിച്ച ഒരാൾ സുഖത്തോട് താതാത്മ്യം പ്രാപിക്കുന്നത് പോലെ ദുഃഖത്തോടും താതാത്മ്യം പ്രാപിക്കും അപ്പോൾ സുഖത്തെ അനുഭവിക്കുന്നത് പോലെ ദുഃഖം അനുഭവിക്കത്തില്ല എന്ന് ചോദിച്ചു അത് കഴിയത്തില്ല എന്നുണ്ട് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിനോട് താതാമ്യം പ്രാപിക്കാൻ കഴിയത്തില്ല കാരണം അത് വെളിച്ചത്തിൽ നശിച്ചുപോകുന്നതാണ് ഓ ഈ ഉപാസകന്റെ ജ്ഞാനം എന്നോ ആനന്ദമെന്നോ പറയാം അതിൽ ദുഃഖാദികൾക്കൊന്നും നിലനിൽപ്പില്ല അതിലും നശിച്ചു അതാണ് ഇവിടെ പറയുന്നത് പ്രഥനേന നിത്യപ്രതത്തേന പ്രഥത എന്ന് വെച്ചാൽ വിസ്തരിക്കുക പ്രസരിക്കുക ദർശനേന അത് നിത്യദർശനമാണ് അവിടെ ഈ ദർശനത്തിന് വ്യവധാനം ഉണ്ടാക്കുന്ന ഉപാധികളൊന്നുമില്ല മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇങ്ങനെയുള്ള ഉപാധികളൊന്നും അവിടെയില്ല അവിടെയുള്ളതെന്താണ് സർവേശ്വരമായ മനസ്സെന്ന് പറയുന്നത് ആ സർവേശ്വരമായ മനസ്സെന്ന് പറയുന്നത് പരമസാത്വികമായ ഉപാധിയാണ് അതിലൂടെ വരുന്ന അത്മപ്രകാശം ഉപാസകനെ സംബന്ധിച്ചിടത്തോളം കേവലം ആനന്ദം മാത്രമാണ് അവിടെ ദുഃഖത്തിനതിന്റെ മുമ്പിൽ നിലനിൽക്കാൻ പറ്റത്തില്ല വളിച്ചത്തിൽ ഇരുട്ടിൽ നിലനിൽക്കാൻ കഴിയാത്ത അതുകൊണ്ട് സർവാത്മ സാദാത്മ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല എല്ലാം അനുഭവിക്കേണ്ടി വരിക വേദന അനുഭവിക്കേണ്ടി വരിക ദുഃഖം അനുഭവിക്കേണ്ടി വരിക ഇതൊക്കെ അതിനോടൊപ്പം സംഭവിക്കത്തില്ല പോക്ക് വരവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കൂടെ നിന്ന് ഏതെങ്കിലും ഒരു വഴിയിൽ ഉപാസകൻ അവിടെ എത്തുന്നില്ല മാർഗത്തെക്കുറിച്ചെല്ലാം പറയുന്നതിന്റെയൊക്കെ താല്പര്യതാണ് ഉപാധിയുടെ മഹത്വം കൊണ്ട് ബ്രഹ്മലോകം വരെയുള്ള സർവം അവൻ പ്രകാശിക്കുന്നു ബ്രഹ്മലോകം വരെയുള്ള സർവകാമ്യങ്ങളിലും അവൻ ആനന്ദിക്കുന്നു ുഃഖത്തിനവിടെ നീക്കാൻ കഴിയുന്നില്ല സൃഷ്ടിയ ലോകെ ഹിരണ്യ നിധി വത് ബാഹ്യവിഷയാസങ്ക അന്നിഹിതാഹ സങ്കല്പം മാത്രം ലഭ്യ എന്താണ് അവൻ അനുഭവിക്കുന്ന കാമങ്ങൾ പറയുന്നു അത് ബ്രഹ്മലോകത്തിന് ഹിരണ്യ നിധിവത് നിധിയെപ്പോലെ ബാഹ്യവിഷയാസംഗ അന്നദ്ധേന അപിഹിത ബാഹ്യവിഷയങ്ങളോടുള്ള ആസക്തി അതാണ് അനർത്ഥം അതുകൊണ്ട് മറയ്ക്കപ്പെടാത്തത് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മലോകം പോലെയുള്ള ലോകങ്ങൾ അവിടുത്തെ സുഖം അനുഭവം എല്ലാം ഈ അനുദം കൊണ്ട് മറഞ്ഞിരിക്കേണ്ട ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അഭിഹിതമാണോ വിഹിതമല്ല മറഞ്ഞിരിക്കുന്നുണ്ട് സങ്കൽപ്പം മാത്രം ലഭ്യ താൻ അവിടെ പറഞ്ഞിട്ടുള്ളത് സർവീശ്വര മനസ്സാണ് ഈശ്വരനും ഉപാധി പോലെയുള്ള മനസ്സാണ് സർവശക്തമായ മനസ്സാണ് അപ്പൊ കേവലം ആ മനസ്സിന്റെ സങ്കല്പം കൊണ്ട് മാത്രം ബ്രഹ്മലോകത്തിലെ ആനന്ദം അയാൾക്ക് പ്രാപിക്കാൻ കഴിയുന്നു യസ്മാേശ ഇന്ദ്രായ പ്രജാപതിനാത്മാസ്മാതശ്രം ആത്മാനം ആദ്യുത്യവ ഉപാസത്തെ സാറിന പറയും എന്താണ് ദേവന്മാരെന്ന് പറഞ്ഞ ആമ്പൃത്ത് കഴിച്ചിരിക്കുന്നവരാണ് ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ജലാനിരകളൊന്നും ബാധിക്കാത്തവരാണ് ദേവന്മാരെ കുറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായത് അത് പറയുന്നു യേശ ഇന്ദ്രായ പ്രജാപതിന ആത്മാ ഇന്ദ്രനോട് പ്രജാപതി ഉപദേശിച്ച ആത്മാവിനെ അതാരും ആർക്കുപദേശിച്ചാലും ശരി ശരി ഗേതുവിനെ ഉപദേശിച്ചാലും ഇന്ദ്രനെ ഉപദേശിച്ചാലും എല്ലായിടത്തും ഒരു ആത്മാവിയാണ് തത് ശ്രുത്വ കുറിച്ച് ശ്രവിച്ചിട്ട് തം ആത്മാനും അദ്ദേഹം ദൈവ ഉപാസന ആത്മാവിനെ ഇന്നും ദേവന്മാർ ഉപാസിക്കുന്നു ദേവന്മാരെന്നും അവരത് ഉപാസിക്കുന്നു അതുകൊണ്ടാണ് അവർ അമൃതന്മാരെന്ന് പറയുന്നു അമരന്മാരെന്ന് ദേവന്മാർ പറയുന്നത് സുപാസന സതീഷ സർവേജ ലോക ഉപാസനയിലൂടെ അവൻ അവർ സർവ്വലോകങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു സർവകാമങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു ദിവ്യമായ അലോകികമായ കാമങ്ങളെ മനുഷ്യകാമങ്ങളെ അല്ല യഥാർത്ഥം ഇന്ദ്ര ഏകശതം വർഷമാണ് പ്രജാപതരി ഉപാസ അതിന്റെ പ്രാപ്തിക്ക് വേണ്ടിട്ടാണ് ഇന്ദ്രൻ നൂറ്റിയൊന്ന് വർഷം അനുഷ്ഠിച്ചത് തദ്ദേശന്മാരെ പ്രാപിച്ചിരിക്കുന്നു തദ്ുക്തം ദേവാനാം മഹാഭാഗ്യത്വ ഇതാനം മനുഷ്യണം അല്പജീവിത മന്ദതര പ്രജ്ഞത്വാച്ച സംഭവിച്ചു പറയുന്നു അത് ശരി ദേവന്മാർക്കിതൊക്കെ പ്രാപിക്കാം പക്ഷെ മനുഷ്യനെങ്ങനെ പ്രാപിക്കും എന്തുകൊണ്ടും പ്രാപിക്കാൻ കഴിയില്ല അല്പജീവിതമാണോ ചുരുങ്ങിയൊരു കാലയളവുള്ളൂ മന്ദതരപ്രജ്ഞത്വ പ്രജ്ഞയും അത്ര വിശേഷവും ദേവന്മാരുടെ പ്രജ്ഞ പ്രജ്ഞ കിട്ടിയിട്ടില്ല എങ്ങനെ സംഭവിക്കും അതിന് പറയുന്നു സ സർവാംശ ലോകാനാപ്നോ കാമാനിതാനോബി പറയുന്നു മനുഷ്യരും സർവരും ഇന്നും പ്രാപിക്കുന്നു സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു ഉപാസനുസരി ജ്ഞാനമായസന ചെയ്തവരാ ഉപാസനയുടെ ഫലമായി ഇന്ന് പ്രാപിക്കുന്നു അനുഷ്ഠിക്കുന്നവർ അതിന്റെ ഫലമായി പിന്നീട് പ്രാപിക്കുന്നു തത്വജ്ഞാനമാണെങ്കിൽ ഇന്നലെ ഇന്ന് എന്നുള്ള ഭേദമില്ല അത് കാലഭേദം കൂടാതെ തന്നെ പ്രാപിച്ചിരിക്കുന്നു കോസു ഇന്ദ്രമാധാനം അനുവിദ്യ വിജാനാദി ഇതിഹ സാമാന്യകല പ്രജാപതിരുവാച മുമ്പ് ഇന്ദ്രൻ എങ്ങനെയാണോ ഇതിനെ പ്രാപിച്ചത് പിന്നീട് ദേവന്മാരെങ്ങനെയാണോ പ്രാപിച്ചത് അതുപോലെ ഇന്നും മനുഷ്യരും ദേവന്മാരും ഇതിനെ പ്രാപിക്കുന്നു ഇന്ദ്രാധിവാദ്യം ആത്മാനം അനുവിദ്യാദി അതിനെ പിന്തുടർന്നറിയുന്നു ഇതാണ് പ്രജാപതിയുടെ ഉപദേശം അത് സവിശേഷം ആത്മജ്ഞാനം ഫലം പ്രാപ്തി തുല്യം അതുകൊണ്ട് ഇവിടെ പറയുന്നു ദേവന്മാരായാലും ശരി മനുഷ്യരായാലും ശരി ആത്മജ്ഞാനം അതിന്റെ ഫലപ്രാപ്തി എല്ലാം തുല്യം അർഹനൊരാൾക്ക് കുറച്ച് കൂടുതൽ ഒരാൾക്ക് കുറച്ച് കുറവും അങ്ങനെയില്ല ആത്മജ്ഞാനവും അതിന്റെ ഫലപ്രദപ് അതിൽ ഏറ്റക്കുറച്ചില്ല പ്രജാപതിരുപാച പ്രജാപതിരുപാച എന്ന് രണ്ടു പറഞ്ഞു ദിവചനം പ്രകടന സമാപ്തി അർത്ഥം ഈ പ്രകടനത്തെ അപ്പൊ ഇവിടെ ഇത് രണ്ടും കരടുന്നാ വരുന്നത് ചില സമയത്ത് ഉപാസനയെക്കുറിച്ച് പറയും ചില സമയത്ത് തത്വജ്ഞാനത്തെ കുറിച്ച് പറയും തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നിടത്തും ഉപാസനയെക്കുറിച്ച് എന്തിനും പറയുന്നു ഈ തത്വജ്ഞാനത്തിന്റെ മഹത്വമൊക്കെ കാണിക്കുക ഈ ഉപാസനയിലൂടെ ഇത്രയും വലിയ ആനന്ദത്തെയോ അല്ലെങ്കിൽ സുഖത്തെയോ ഒക്കെ പ്രാപിക്കുന്നുണ്ടെങ്കിൽ അത് ആ തത്വത്തിന്റെ മഹത്വമാണ് അതുകൊണ്ട് തത്വജ്ഞാനത്തിന് വേണ്ടി എന്ത്രിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കലത്തിപ്പറയുന്നത് ഇതും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവിടെ വലിയ ആശയക്കുഴക്കം വരും ഈ പറയുന്നു സർവലോകത്തെയും പ്രാപിക്കുന്നു ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു ഓടസുഖത്തെ അനുഭവിക്കുന്നു എന്നെല്ലാം പറയും ഇത് ഉപാസനയെ സംബന്ധിച്ചാണെന്നും തത്വജ്ഞാനത്തെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഉപാധികളൊന്നും പറയാം നിരുപാഹികമായി പറയും അതുപോലെ തിരിച്ച് തത്വത്തെ തത്വജ്ഞാനത്തെ സംബന്ധിച്ചാണെന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവിടെ ആശയക്കുഴപ്പം അതിവിടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് വൈദികമായി ഉപാസന മറ്റൊന്ന് തത്വാനും മൂന്നാമതൊന്നും ഇവിടെ ഇല്ല ഉപാസന എന്ന് പറയുമ്പോഴും നമ്മൾ സാറിന് പറയുന്ന ഭക്തിയും മണിയുടെയും പൂജയും ഒന്നും ഇല്ല വൈദിക ഉപാസന നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പലതും കൂടുതൽ ചർച്ച ചെയ്യാതെ വിട്ടുകളഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഉപാസന ഭാഗത്ത് വരുന്നത് പക്ഷെ നമ്മൾ ഇന്ന് ലോകത്ത് എന്ന് പറയുമ്പം ദേവതയെ ഉപാസിക്കുക വിഷ്ണുവിന് ഉപാസിക്കുക ദേവി ഉപാസിക്കുക എന്നെല്ലാം ഉള്ള അർത്ഥത്തിൽ വരും അതെന്നെ ഇവിടെ പറയുന്നു വൈദിക ഉപാസന ഇവിടെ ശ്രുതി നിർദ്ദേശിച്ച രീതി തന്നെ ചെയ്യുന്നു അപ്പൊ ആവത്തെ ഉപദേശിച്ചിരിക്കുന്നത് ചിലപ്പോ ഉപാസനയ്ക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോ അതിന്റെ പരമാർത്ഥാനത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അതിന് അർഹതയുള്ളവർക്ക് യോഗ്യതയുള്ളവർക്ക് ഏത് ആകാമോ അത് ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് സ്വതീത് ബോധിപ്പിച്ചിരിക്കുന്നത് തത്വജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല അവിടെ തുല്യം ദേവനെന്നും മനുഷ്യനെന്നുള്ള വ്യത്യാസം ധ്രുവനം പ്രകടനസമാപ്തി അർത്ഥം രണ്ടും തമ്മിലും വ്യത്യാസം ശ്യാശബം ശബളാ ശ്യാമം പ്രബദ്ധേ അശൈവ ോമാണു വിധൂയ പാപം ചന്ദ്രൈവ രാഹോർമുഖാത് പ്രച്യ ധരീരംകീതിഭവാമീ വീണ്ടുപാസകന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈശാവാസ്യത്തിൽ പഠിച്ച അഗ്നി നയസുപധാരായി അസ്മാൻ ദൈവ വൈനാനി വിദ്വാൻ യുവധ്യസ്മജുഹുരാണേധി എന്ന് ഈശാവാസ്യത്തിന്റെ അവസാനം വരുന്നുണ്ട് ഉപാസകന്റെ പ്രാർത്ഥന അതുപോലൊരു പ്രാർത്ഥനയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഉപാസന എന്ന് പറയുന്നത് ധ്യാനമാണല്ലോ ശ്യാമം ശബളം പ്രവൃത്തി ഇത്യാദി മന്ത്രനായ ഈ മന്ത്രപാഠം ഉപ്പാസനയുടെയും ജ്ഞാനത്തിന്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ മന്ത്രവും ബ്രാഹ്മണ ഭാഗങ്ങളും ഇടകളർന്നു വരുന്നുണ്ട് അതതിന്റെ സ്വരവും മറ്റും കൊണ്ടാണ് വേർതിരിക്കുന്നത് അതുകൊണ്ട് നിന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വേറെതിരിക്കാനൊക്കത്തില്ല ഇത് മന്ത്രമാണോ ബ്രാഹ്മണമാണോ തിരിച്ചറിയാൻ പറ്റത്തില്ല അതല്ല നമുക്ക് സ്വരം അറിയത്തില്ല പാവനോ ഇത് പാവന മന്ത്രാമനായുമാണ് ജപാർത്ഥം അല്ലെങ്കിൽ ധ്യാനാർത്ഥം രണ്ടു തരത്തിലുണ്ട് പറയാം ജപാർത്ഥം എന്ന് പറഞ്ഞാ എന്റെ പ്രയോജനം കേവലം ഉച്ചരിക്കുക ഉപാസ ചൊല്ലുന്നതിന് വേണ്ടി അത് അധിഷ്ഠലത്തെ ഉണ്ടാക്കാം മന്ത്രം ജപത്തിനു വേണ്ടി ഉപയോഗിച്ചു സാറിന് ജപങ്ങളെല്ലാം അങ്ങനെയാണ് അധിഷ്ഠമായ ഫലത്തെ ഉണ്ടാകും നമ്മളോട് ഒരു പറയുന്നൊരു മന്ത്രം ജപിക്കുക എന്താ എന്റെ ഫലം അതുകൊണ്ട് ക്രമീണ ഫലം ഉണ്ടാകും അത് അന്ധകരണശുദ്ധി രൂപത്തിലോ ദേവതാനുഗ്രഹ രൂപത്തിലോ വിഘ്നാശരൂപത്തിലോ എല്ലാം ഫലസിദ്ധിയിലേക്ക് നയിക്കുന്നതാണ് ജപം ജപാർത്ഥമുള്ള മന്ത്രങ്ങൾ അർത്ഥചിന്തനം വേണമെന്ന് നിർബന്ധമില്ല അർത്ഥചിന്തയോടുകൂടി തന്നെ വേണം ജപമെന്നില്ല കാരണം ജപം എന്ന് പറയുന്നത് കേവലം ഒരു അനുഷ്ഠാനമാണ് പാചകമോ മാനസികമോ ഉപാംശമോ അത് ശബ്ദത്തിൻ്റെ ആവൃത്തിയാണ് ശബ്ദ വൈദികമായ ശബ്ദത്തെ സംബന്ധിച്ചിടത്തോളം അതിന് അധിഷ്ടമായ ഫലത്തെ കൊടുക്കുന്നതിനുള്ള ശേഷി ഉണ്ടെന്നാണ് പുണ്യഫലത്തെ കൊടുക്കുന്നതിന് അതിന്റെ ആവൃത്തി ചില സ്ഥലത്ത് പറയുന്നതാണത് അർത്ഥബോധത്തോടുകൂടി ചെയ്യണമെന്ന് പറയും ചെയ്യണം അപ്പൊ അത് ധ്യാനമായി അത് ധ്യാനാർത്ഥവാ അവിടെ മനസ്സിനെ ആ ധ്യയമായ വസ്തുവിൽ ഉറപ്പിച്ചുകൊണ്ട് ശബ്ദത്തെ വാഗിന്ദ്രിയം കൊണ്ട് ആവർത്തിക്കുക മാനസികമാകും മനസ്സുകൊണ്ട് ആവർത്തിക്കുക അപ്പൊ ഇത് രണ്ടു തരത്തിലുമാകാം അവരുടെ ഭാഷ്യകാലം പറഞ്ഞിരിക്കുന്നു ജപാർത്ഥ ധ്യാനാർത്ഥവ അപ്പൊ നിർദ്ദേശിച്ചിരിക്കുന്ന മന്ത്രങ്ങൾ അത് ജപിച്ചാൽ മാത്രം മതി അതിന് ഫലം ഉണ്ടായിക്കോളും വിജേഷി പറയണിതിന്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം ജപത്തിനല്ലാന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥ വിചാരം ചെയ്യണം ഗ്രഹിക്കണം ഉദാഹരണം തത്വമസി ജപത്തിന് വേണ്ടിയുള്ള ധ്യാനാർത്ഥം അതിനു വേണ്ടിയിട്ടുള്ളതാണ് ധ്യ ചിന്തായ ധ്യാനം എന്ന് ധ്യാനം നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഉപാസകനുണ്ട് മുമ്പ് പ്രജാപതിപദേശ ആ കാര്യങ്ങൾ ഉപാസിക്കുന്നു ആ ഉപാസനയുടെ ഭാഗമായിട്ടാണ് ജപം അല്ലെങ്കിൽ ധ്യാനം വരുന്നത് എന്താണ് ഇവിടെ ജപിക്കുന്നത് ശ്യാമോ ഗംഭീരോ വർണ്ണശ്യാമോ ഹശ്യാമോ ഹാർദം ബ്രഹ്മ അത്യന്തരപഗാഹ്യത്വ ഹാർദം ബ്രഹ്മ ഇവിടെ ശ്യാമാശബളം പ്രവർത്തി ശ്യാമം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ ഉദ്ദേശിച്ച് പറയുകയാണ് അതിന് ശ്യാമനറം എന്ന് പറഞ്ഞു നീലം കറുപ്പ് എന്നൊക്കെയുള്ളതാണ് നല്ലൊരു നിറമല്ല ഇരളെല്ലാം സൂചിപ്പിക്കുകയാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഹാർദം ബ്രഹ്മ ഹൃദയസ്ഥിതമായ ബ്രഹ്മ ഏതൊരു ബ്രഹ്മമാണോ ആ സാധുവിനിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്നത് മറഞ്ഞിരിക്കുന്നതുകൊണ്ടോ ശ്യാമം എന്നുള്ള ശബ്ദം കറുത്തത് കറുപ്പ് സാധനം മറയ്ക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞാതുകൊണ്ടാണ് അതെന്താ ഈ ബ്രഹ്മത്തിലേക്ക് പറയുന്നു അത്യന്ത ദുരപഗാഹ്യത്വ അത്യന്ത ദുരവഗാഹ്യമാണോ അതിന് കർമ്മങ്ങൾ വേണ്ടി വരുന്നു ഉപാസങ്ങൾ വേണ്ടി വരുന്നു തത്വജ്ഞാനം വേണ്ടി വരുന്നു എന്നിട്ടും അത് പിടികിട്ടുന്നില്ല അതുകൊണ്ടത് ദുരവഗാഹ്യം തന്നെയാണ് ഇതിനെ ഗ്രഹിക്കേണ്ടത് മനസ്സുകൊണ്ട് തന്നെയാണ് മനസ്സിനെ വേദമാർത്തവ്യം അതിനെ തന്നെയാണ് ഹൃദയം എന്ന് പറയുന്നത് അപ്പൊ ഇത് ഹൃദയത്തിലിരിക്കുന്നു മനസ്സിലിരിക്കുന്നു മനസ്സ് ഇതിന്റെ ഉപലഭിക്കും തടസ്സമായി നിൽക്കുന്നു അതുകൊണ്ട് ദുരവഗാഹ്യമാണോ പക്ഷെ ഉപാസകനെന്ത് ചെയ്യുന്നു ആ ബ്രഹ്മജ്ഞാത്വ സാക്ഷാത്കരിച്ചിട്ടെങ്ങനെ ധ്യാനേനാധ്യാനത്തിലൂടെ തസ്മ്യ ശബലം ശബലൈവ ശബലോ അരണ്യാദി അനേക കാമമിശ്രത്വ ബ്രഹ്മലോക ശാബല്യം തദ് ബ്രഹ്മലോക ശബലം പ്രപത്തി മനസ്സാ ശരീരപാത ഊർധ്വം ഗച്ഛം പറഞ്ഞിരിക്കുന്ന ശ്യാമാശബളം പ്രകൃതിയെ പ്രാർത്ഥിക്കുന്നാണ് ബാസ് ഈ ഹൃദയ ഗുഹയിലിരിക്കുന്ന കണ്ടെത്താൻ പ്രയാസമായിരിക്കുന്ന ഈ ബ്രഹ്മത്തെന തസ്മാ ശ്യാമാ ശബളം ശബ്ള ശബ്ളം അരണ്യ കാമ്രണ്ടല്ലോ ബ്രഹ്മലോകത്തെക്കുറിച്ചുള്ള ഒരുപാട് കാമനകളൊക്കെയുണ്ട് ഈ കാമനകളാൾ മിശ്രമായിരിക്കുന്നു അതുകൊണ്ട് ബ്രഹ്മലോകത്ത് പറയുന്നു അത് ശബളം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഈ ഉപാസകൻ സ്വയം ബ്രഹ്മമായിരിക്കുകയാണ് പക്ഷെ ഈ ഹൃദയം അവന്റെ മനസ്സതിനെ മറയ്ക്കുന്നു ശ്യാമം അതിനെ മറയ്ക്കുന്നു അവൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ നിന്നും എനിക്ക് ആ ബ്രഹ്മലോകത്തിലെത്തിച്ചേരണം അതും എങ്ങനെയാണ് എന്തുകൊണ്ട് ബ്രഹ്മലോകം അവനെ സംബന്ധിച്ചൊരു പ്രലോഭനമാണ് അവിടെ എത്തിച്ചേരണം അവിടെ ആനന്ദമാണ് അവിടെ ദിവ്യങ്ങളായ സാത്വികങ്ങളായ ഭോഗ്യങ്ങളുണ്ട് അതൊക്കെ കാമനകൾ അവൻ്റെ ഉള്ളിലുണ്ട് വാസ്തവത്തിൽ ഈ ബ്രഹ്മലോകം ദോഷങ്ങളൊന്നും ഇല്ലാത്തതാണ് പക്ഷെ ഇവന് ബ്രഹ്മലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാമനകളുണ്ട് അതുകൊണ്ട് ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബ്രഹ്മലോകം അത് ശബളമാണ് എന്നുവെച്ചാൽ അനേക കാമനായുക്തമാണ് അവിടെ അധരസുണ്ട് അവിടെ അമൃതമുണ്ട് അത് നിറച്ച പോളം ഉണ്ട് അവിടെ പോയി അതൊക്കെ അനുഭവിക്കുക അവൻ അന്ധതയിൽ നിന്നാണ് വെളിച്ചത്തിലേക്ക് പോകുന്നതെങ്കിലും അത് കാമനകളുടെ വെളിച്ചമാണ് അതാണ് രണ്ടും പറയുന്നത് ശ്യാമ ദിശളം പ്രപതി എന്ന് പറയുന്നത് മനസ്സ ശരീരപാത ഊർദ്ധം ഗച്ഛയും ഉപാസകൻ അങ്ങനെയാണ് തസ്യപ്രാണ ഉക്രാമന്തി അവന്റെ പ്രാണൻ ക്രമിക്കുന്നു പ്രാണോത്രമണം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ആത്മാവ് പ്രാണൻ എന്ന് പറയുന്ന ഉപാസന കൊണ്ട് വിശിഷ്ടമായ പ്രാണൻ എന്ന് പറയുന്ന ഉപാധിയിലൂടെ ആ ബ്രഹ്മലോകത്തെ അവിടുത്തെ കാമനകളെല്ലാം സാക്ഷാത്കരിക്കുന്നു അങ്ങനെ ശരീരപാത ഊർധം എന്ന് പറഞ്ഞു ഈ ശരീരാഭിമാനം സാധ്യമല്ല ശരീരാഭിമാനം നശിക്കണം കിസ്മദം ശബ്ളാ ബ്രഹ്മലോക നാമരൂപം വ്യാകരണം ആയുശ്യാമം പ്രപദ്ധ്യ ഹാർദഭാവം പ്രപന്നോ അസ്മിത്യഭിപ്രായ വാസ്തവത്തിൽ ആ ബ്രഹ്മലോകത്തിൽ നിന്നും വീണ്ടും നാമരൂപങ്ങളെ പ്രകടമാക്കുന്നതിന് വേണ്ടി ഈ രണ്ട ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ് താൻ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നു ഹർദ്ധഭാവം പ്രപന്നോ അസ്മി ഈ ഇരണ്ട ലോകത്തിലേക്ക് വരുന്നു അതേതുപോലെ സുഷൃത്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്കും ജാഗ്രതയിൽ നിന്ന് സുഷൃത്തിയിലേക്കും പോകുന്നു സുഷൃത്തിയുടെ സ്ഥാനത്താണ് ബ്രഹ്മലോകം ഈ ജാഗ്രത്തിന്റെ സ്ഥാനത്താണ് ഈ ലോകം ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വിശ്രമിക്കണം സുപ്തനാകണം അവിടെ പോകുന്നു പക്ഷെ അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നു ഈ ലോകത്തെ ഈ ജാഗ്രത്തിന്റെ കോലാഹലങ്ങളിലേക്ക് വരുന്നു ഇതുപോലെ ശരീരപാതാ ഊർധ്വം എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ അങ്ങനെ ഈ ജാഗ്രത്തിൽ നിന്ന് സുഹൃത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഈ ശരീരപാത സംഭവിക്കുന്നു ശരീരത്തോടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഈ ശരീരമായിട്ടൊരു ബന്ധവുമില്ല ശരീരപാത സംഭവിച്ചിരിക്കുന്നു ശരീരം നിശ്ചലമായി എന്നിട്ടവിടെ എത്തിച്ചേരുന്നു അവിടെ ഒന്ന് വീണ്ടും തിരിച്ചു വരുന്നു അവിടെ എത്തിക്കുന്ന ഒരു കാമനയാണല്ലോ അത് ആഗ്രഹിക്കുന്നു എനിക്ക് അസുഖത്തെ അനുഭവിക്കണം ആനന്ദത്തെ അനുഭവിക്കണം ാലും ഭയക്കാറില്ല സ്വപ്നത്തെ ഭയക്ക് സുഹൃത്തി സുഖമുള്ളത് കൊണ്ടാണ് അതാഗ്രഹിക്കുന്നത് അവിടെ എത്തിച്ചേർന്ന് ആഗ്രഹിക്കുന്നത് പക്ഷെ അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല തിരിച്ചു വരേണ്ടി വരുന്നു ഇതുപോലെയാണ് ഉപാസകനെ സംബന്ധിച്ച് ബ്രഹ്മലോകത്തിലുള്ള പോക്കും വരവും അതെ പൂർണതയിലാണ് അവിടെ തിരിച്ചു വരത്തില്ല അല്ലെങ്കിൽ തിരിച്ചു വരണം ആ ബ്രഹ്മഭുനാന്ന് നോക്ക പുനരാവർത്തിനും അർജുന മുമ്പ് പറഞ്ഞല്ലേ രണ്ടും ഉണ്ടവിടെ വരുന്ന ഇടവുമുണ്ട് വരാത്ത ഇടവുമുണ്ട് അത് തമേവ പ്രകൃതി സ്വരൂപം ആത്മാനശളം പ്രപത്തി അസബളാത്മാവിനെ ആ ബ്രഹ്മ ലോക ആത്മാവിനെ അത് ശബളം എന്ന് പറയുന്ന ഈ ആനന്ദ കാമനകളും മറ്റും മനസ്സിലുള്ളതുകൊണ്ട് അതിനെ പ്രാപിക്കുന്നു കഥം ശബളം ബ്രഹ്മലോകം പ്രപഞ്ചിച്ചിരേ ലോമാനിധൂയ കമ്പനേന ശ്രമം പാംസ്വാദിജോ അപനീയ യഥാ നിർമ്മലോ ഭവതു അശ്വത്തെ രഥത്തിൽ കിട്ടി അതിനുകൊണ്ട് രഥം വലിപ്പിച്ചു അത് വളരെ ദൂരെ ഓടി അവണിച്ച് ഒരു സ്ഥലത്ത് നിന്നു അതിനഴിച്ച് മാറ്റി മാറ്റുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവണോ അത് നീണ്ടെന്ന് വറന്ന് നിന്ന് ഒന്ന് പൊടയി അതിൻ്റെ നഷ്ടപ്പെട്ട ആ വീര്യമെല്ലാം ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ഫ്രഷാവും അത് ശരീരത്തെ കുടഞ്ഞിട്ടാണ് അതാണ് ഇവിടെ പറയുന്നത് അശിവ രോമാണി ബിധൂയ കമ്പനേന അപ്പോൾ ഈ ഓട്ടത്തിൽ അതിന് സംഭവിച്ച ക്ഷീണത്തെയൊക്കെ അതങ്ങ് കുടഞ്ഞ് കളയുകയാണ് ആ രോമങ്ങളെ ഒന്ന് ഇളക്കി കുടയുന്നു കുറച്ചൊക്കെ പൊഴിഞ്ഞതൊക്കെ അങ്ങ് പോവും ബാക്കി അവിടെയിരിക്കും പക്ഷെ അതിനുള്ള എന്ത് ചെയ്യും പാംസ്വാദി അതിൽ പറ്റിയിരുന്ന പൊടിയെല്ലാം അങ്ങ് പോവും ഇത്രയും അതുമാത്രമല്ല ആ കുടച്ചത് കൊണ്ട് അതിൻ്റെ ഒരു സുഖം കൊണ്ട് ശ്രമം ചപ്പന ചെയ്യുക രോമത്തിൽ നിന്ന് പൊടിയും അതിൻ്റെ ക്ഷീണം ഒന്ന് കുടയുമ്പോൾ പറയണ്ടോ ഒന്ന് നീണ്ടൊന്ന് പിറന്നു കിടന്നു കഴിഞ്ഞാൽ ക്ഷീണം മാറുന്നു അതുപോലെ പുതിയ ക്ഷീണം മാറ്റുന്ന അതുപോലെയാണ് യഥാ നിർമ്മലോഭൂതി അങ്ങനെ അത് ആകെ മൊത്തത്തിൽ അതൊന്ന് ശുദ്ധമാകും ദേഹത്തിൽ നിന്ന് പൊടിയും പൊഴിഞ്ഞ രോമങ്ങളും എല്ലാം പോയി കഴിഞ്ഞാൽ അതൊരു ശുദ്ധമായി ഈ ഹാർദ്ദബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉപാസകന്റെ ജ്ഞാനം അതുകൊണ്ട് ധർമാധർമ്മം പുണ്യപാപരൂപത്തിലുള്ള ഈ പാപത്തെല്ലാം നശിപ്പിച്ച് ചന്ദ്രയി വെച്ച് രാഹുഗ്രസ്ത തസ്മാ രാഹു മുഖാക്രമിച്ച ഗ്രഹണ സമയത്ത് എങ്ങനെയാണോ രാഹുഗ്രസ്തമായ ചന്ദ്രൻ ആ രാഹുവിന്റെ മുഖത്ത് നിന്നും സ്വതന്ത്രനായി സൗന്ദരനാകുന്നു എന്നുള്ള കവി ഭാവന പോലെ ഇന്നൂടെ ചേർക്കുന്നു അങ്ങനെ ഒരു ഭാവന ചെയ്യുന്നത് അവിടെ എന്താണ് രാഹുഗ്രസ്തമാകുന്നു അപ്പോ ചന്ദ്രന്റെ പ്രകാശം മറയുന്നു വീണ്ടും പുറത്തു വരുന്നു വീണ്ടും പ്രകാശിക്കുന്നു എന്നതുപോലെ ഭാസ്വരോഭവതി പ്രകാശി ഉള്ളതായിത്തീരുന്നു ഈ പൊട്ടക്കഥ അജയസ്വാമികൾ വിശ്വസിച്ചിരുന്നോ ഇല്ല എന്നൊന്നും അറിയാൻ പറ്റും പക്ഷെ അത് അതുപോലെ പറഞ്ഞിരിക്കുന്നു ഗ്രഹണം ചന്ദ്രന്റെ രാഹു വിഴുങ്ങുന്നാണോ എന്റെ ജ്യോതിശാസ്ത്രപരമായ അർത്ഥത്തിലല്ല കഥാരൂപം ഇവിടെ പറയുകയാണ് അവിടെ എങ്ങനെയാണോ അത് ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് യഥം അധുത്വായ ശരീരം നിത്യം ബ്രഹ്മനോ അഭിസംഭവാമി ഉപാസകന്റെ ഉപാസകം ധ്യാനിക്കുകയാണ് എന്താണ് എങ്ങനെയാണോ അത് പരിശുദ്ധിയെ പ്രാപിക്കുന്നത് തന്റെ ശരീരത്തെ ശുദ്ധമാക്കി അതുപോലെ യഥൈവം അതുപോലെ ഇതെന്നെ കുടഞ്ഞു കളഞ്ഞിട്ട് ഉപാസകനും തന്റെ പാപത്തെ കുടഞ്ഞു കളയുന്നു പ്രഹായ തെജിച്ചിട്ട് ശരീരം സർവാനർഥാശ്രയം ഈ ശരീരത്തെ ഇവിടെ ത്യജിച്ചിട്ട് അതെന്താണ് സർവ്വാനർത്ഥത്തിനും ആശ്രയമായിരിക്കുന്നതാണ് ഈ ശരീരം പറഞ്ഞാലും ഈ ശരീര ഉപജനം സ്മരണി ശരീരത്തെ സ്മരിച്ചാൽ ഉടൻ ദുഃഖം വരും ശരീരത്തെ സ്മരിച്ചാൽ സുഖവും വരും പക്ഷെ അത് ദുഃഖത്തിന് കാരണമായിത്തീരുന്നു യുവത്വത്തിലെ സുഖങ്ങളെല്ലാം വർധക്യത്തിൽ ദുഃഖത്തിന് കാരണമായി തീരുന്നു അതുപോലെ ശരീരം വ്യാഖ്യാദികൾ കൊണ്ട് സദാ ദുഃഖത്തിന് കാരണമാണ് രോഗപീഠയും മറ്റും കൊണ്ട് അതുകൊണ്ട് എന്തെയുന്നു ഉപാസുകന് ഈ ശരീരത്തെ ഇവിടെ ത്യജിക്കുന്നു പ്രഹായ ശരീര സർവ അനർത്ഥാശ്രയം എന്ന് പറഞ്ഞാൽ ആ ശരീര ഉപാസകന്റെ ശരീരപാത സമയത്ത് ആ ശരീരത്തിൽ നിന്ന് അയാൾ മുക്തനായി ധ്യാനേന്ന് കൃത്താത്മാ ഏതൊരു ആത്മാവിനെയാണോ ഇവിടെ ശ്രുതി നിർദ്ദേശിച്ചത് അതിനെ ധ്യാനിച്ചിട്ട് കൃത്താത്മാ കൃതാത്മാവായി കൃതം ശുദ്ധം ആത്മാ യസ്യ ഏതൊരുവന്റെ അന്ധകരണമാണോ ശുദ്ധമാകുന്നത് നമ്മുടെ കുതിരയുടെ ഉദാഹരണം പറഞ്ഞല്ലോ കുതിര ചില പ്രവൃത്തികളൊക്കെ ചെയ്യും അപ്പൊ അത് ശുദ്ധമാകുന്നത് പോലെ എന്താണ് ആത്മാഅ അപഹതപ്പാത്മാ എന്നിങ്ങനെ ആത്മാവിനെ ധ്യാനിക്കുന്നു ആത്മാവ് അപഹത്ത പാത്മാവാണെങ്കിൽ പാപരഹിതനാണെങ്കിൽ തീർച്ചയായിട്ടും അവനും പാപരഹിതനായിത്തീരുന്നു ഏതൊരു മനസ്സുകൊണ്ടാണോ പാപരഹിതമായി ആത്മാവിനെ ധ്യാനിക്കുന്നത് ആ മനസ്സും പാപരഹിതമായി തീരുന്നു അതാണ് കൃതാത്മാവായി കൃതബുദ്ധിയായി ആത്മാവിടെ മനസ്സിലാക്കും കൃതകൃത്യനായി ഉപാസന മറ്റൊന്നും ചെയ്യാനില്ല ലൗകികമായി മറ്റൊന്നും ചെയ്യാനില്ല ഉപാസന യോഗം അതിന്റെയൊക്കെ വിശേഷത അതാണ് മറ്റൊന്നും ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ കത്തില്ല നമ്മൾ പറയും അത് ഇതും കൂടെ അനുരിക്കലും നടത്തില്ല ആത്മാർത്ഥമായിട്ട് നടക്കത്തില്ല കാരണം മനസ്സ് അതിൽ ഏകാഗ്രപ്പെട്ടാൽ പിന്നെ ആ മനസ്സിന് ബഹിർമുഖമാക്കാൻ കഴിയത്തില്ല യോഗത്തിനും അങ്ങനെ മനസ്സ് വൃത്തി നിരോധത്തിലൂടെ നിരുദ്ധാവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യവഹാരം സാധ്യമല്ല അസാധ്യമായിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ യോഗം ശീലിക്കുന്നുണ്ടല്ലോ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ നമ്മുടെ മനസ്സ് നിരുദ്ധമാകുന്നുണ്ടാകുന്നുണ്ട് പ്രതഞ്ജനെ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ വൃത്തി നിരോധം ഒരാൾ ശീലിക്കുകയാണെങ്കിൽ പിന്നെ വ്യവഹാര സാധ്യമുണ്ട് പിന്നെ അയാളെ സമാധി മാത്രം കാരണം മനസ്സ് നിരുദ്ധാവസ്ഥയെ പ്രാപിക്കുന്നു സമാധി കൂടുതലും വിധാനം കുറവുമായിരിക്കും എന്നിട്ട് മനസ്സ് ബഹുർമുഖമാകുന്ന കുറവുമായിരിക്കും അയാളെ സംബന്ധിച്ച് വ്യവഹാരം അസാധ്യമായിരിക്കും പിന്നീട് ഒന്നേ ഉള്ളൂ അയാളെ സംബന്ധിച്ച് സംഭവിക്കുന്ന ശരീരപാദം ഉപാസനെ സംബന്ധിച്ചും അങ്ങനെ ഉപാസന ഏകാഗ്രമായി ചെയ്യണമെങ്കിൽ പിന്നെ വ്യവഹാരം സാധ്യമല്ല അരമണിക്കൂർ ജപിക്കുകയും അരമണിക്കൂർ ജാപി ധ്യാനിക്കുകയും പിന്നെ ഇരുപത്തിരണ്ട് മണിക്കൂർ പണിയെടുക്കുകയും ചെയ്യാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് പറയുന്ന ക്രതകൃത്യനായി പിന്നെ അവന് ശേഷിക്കുന്നില്ല ഒന്നും ചെയ്യാനായിട്ട് മറ്റൊന്നും ചെയ്യാനായിട്ട് ശേഷിക്കുന്നു ഈ ആത്മാ അപഹത പാത്മ എന്നെല്ലാം പ്രജാപതി ഉപാസിച്ച രീതി ഉപദേശിച്ച രീതിയിൽ ഉപാസിക്കുന്നവനെ കുറിച്ച് പറയും ഇവിടെ ശ്രുതി പറയുന്നു ബ്രഹ്മലോകത്തെക്കുറിച്ചും അവിടെ പോയാൽ ഒരുപാട് സുഖം അനുഭവിക്കാം പറയും അപ്പൊ കാമനകളുള്ളവൻ ഉപാസിക്കുന്നു തന്റെ ഹൃദയസ്ഥിതമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ ബ്രഹ്മലോകത്ത് ഉപാസിക്കുമ്പോൾ അവന് സംഭവിക്കുന്ന കാര്യം പറയണം അവനും അവിടെ കൃതകൃത്യനാകുന്നു ഇവിടെ അവന് പിന്നീടൊന്നും ചെയ്യാനില്ല ബ്രഹ്മധ്യാനം ഇല്ലാതെ അകൃതം നിത്യം ബ്രഹ്മലോകം അഭിസംഭവാമി അവൻ അകൃത്തമായ തന്റെ യജ്ഞത്തിലൂടെ ഒരിക്കലും സാധ്യമാകാത്തതായ എന്നാൽ തൻ്റെ യത്നത്തിലൂടെ സ്വയം വെളിപ്പെടുന്നതായ യത്നഫലമല്ല അതാണ് അകൃതം നിത്യം എന്ന് പറഞ്ഞു നിത്യമാണ് നശിക്കുന്നതല്ല സദാ ഉള്ളതാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല അകൃതം എന്ന് പറഞ്ഞു ചട്ടിയും പോലെ ഉണ്ടാക്കിയെടുക്കുന്ന ബ്രഹ്മലോകം അഭിസംഭവാമി ആ ബ്രഹ്മലോകത്തെ ഞാൻ പ്രാപിക്കും എന്നിങ്ങനെ അവൻ ജപിക്കുന്നു ധ്യാനിക്കുന്നു ഇതും വാസനയുടെ ഭാഗമാണോ ദുർവചനം മന്ത്രസമാപ്തിഥം അഭിസംഭവാമി അഭിസംഭവാമി എന്ന് ആവർത്തിച്ചല്ലോ ഇങ്ങനെ ആവർത്തിക്കുന്നതും മന്ത്രത്തിന്റെ ലക്ഷ്യമാണ് മന്ത്രത്തിലാണിത് ഇങ്ങനെ ആവർത്തനം വരുന്നത് എന്തുകൊണ്ട് മന്ത്രം ജപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ജപിക്ക് ജപത്തിൽ ആവർത്തനം നല്ലതാണ് ആവർത്തനം ഉറപ്പിക്കുന്നതിന് നല്ലതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മന്ത്രസമാപ്തി അർത്ഥം മന്ത്രത്തിലാണ് ആവർത്തിക്കുന്നത് ധ്യാനിക്കുന്നതിന് വേണ്ടി തന്നെ വീണ്ടും ബ്രഹ്മത്തെക്കുറിച്ച് അടുത്തു പറയുന്നു ആകാശോ നിർവഹിതരാ തദമൃതം ആത്മാപത്തെ സഭാം വ്യക് പ്രപത്തിശോ അഹംഭവാമി ബ്രാഹ്മണാ യശോ രാാ യു വിശോ അഹം അനുപ്രാപീ സ ഹാഹം യശസാം യശ്വേതം അതത്ത് ശേതം നിന്ദുമാഭിഗുമാ ആകാശോ വൈദ്യാതി ബ്രഹ്മണോ ലക്ഷണനിർദ്ദേശാർത്ഥം ആധ്യാനായ ബ്രഹ്മസ്വരൂപത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിനു ധ്യാനിക്കണോ ഉപകാസനം അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ആകാശവും വൈനാമ ശ്രുതിഷു പ്രസിദ്ധ ആത്മാ ഇവിടെ ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവ് തന്നെയാണ് കാണുന്ന ഭൗതിക ആകാശമല്ല ആകാശീവ അശരീരത്വ സൂക്ഷ്മത്വ ഇതും ആകാശത്തെ പോലെ അശരീരമാണ് സൂക്ഷ്മമാണ് നമ്മൾ ധാരാളം ചർച്ച ചെയ്തതാണോ സച്ചാകാശോ നാമരൂപയോഹു സ്വത്മസ്ഥയോ ജഗദ്ബീജൂതയോനസ്ഥാനീയോഹോ നിർവഹിത നിർവോഡ വ്യാക്കടത്ത ഈ ആകാശം ആത്മരൂപത്തിലുള്ള ആകാശം മുമ്പ് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ബ്രഹ്മലോകമെന്ന് പറയുന്നത് ആ സുഷുതൻ തന്നെ എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടെ നിന്നാണ് ഇതെല്ലാം പ്രകടമാകുന്നത് ജഗദ്ബീജം എന്നതിനെ പറയുന്നു എന്തായാലും ജഗത്തുണ്ട് ജഗത്തിൽ നമ്മൾ കാണുന്ന ഒരു അലംഘനീയമായ നിയമമാണ് കാര്യകാരണഭാവം മാവിൽ നിന്ന് എൻ്റെ വിത്തുണ്ടാവും വിത്തിൽ നിന്ന് മാങ്ങയുണ്ടാവും മാവുണ്ടാവും എന്ന് ഇരിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു ഈ നിയമത്തിനൊരു ഭംഗം വരുന്നു ഒരിടത്തും കാണുന്നു അങ്ങനെയാണെങ്കിൽ ഈ ജഗത്തിനും അതുപോലെ ഒരു കാരണം വേണം അതാണ് ജഗദ്ബീജം ജഗദ്ബീജൂതയുഹു ആ ജഗത്ത് നേരിട്ട് ആത്മാവിജഗത്തിന് ബീജമാകുന്നില്ല നാമരൂപങ്ങളിലൂടെ സ്വാത്മസ്ഥയുഹോ ജഗത് ബീജൂതയുഹോ ഈ നാമരൂപങ്ങളിലൂടെ ആണ് ഈ ജഗത് പ്രകാശിക്കുന്നത് എന്നറിയ ആത്മാവ് ജഗത്തിന് ബീജമാണ് നാമരൂപങ്ങൾ ജഗത്തിന് ബീജമാണ് കാരണം ജഗത് അനുഭവം ഇതാണല്ലോ ഈ ജഗത്ത് എന്ന് പറയുന്നത് അല്ലാതെ ജഗത്തെന്ന് പറയുന്നു ഈ അനുഭവം ഈ ജാഗ്രത അനുഭവം ഈ അനുഭവം ആകമെന്താണ് നാമരൂപങ്ങളാണ് ഈ അനുഭവം വിഭിന്നാകൃതികൾ വിഭിന്ന ശബ്ദങ്ങൾ അതുതന്നെയാണ് രാമനും കൃഷ്ണനും കേശവനെന്ന ഈ ജഗത്തിന് ബീജമായിട്ട് ആ നാമരൂപങ്ങളെ പറയാം ആ നാമരൂപങ്ങൾ എവിടെ അത് ആത്മസ്ഥമാണ് സ്വാത്മസ്ഥയു നാമരൂപയൂഹ ജഗത് ബീജഭൂതയുഹു നിർവോഢ അതിനെ പ്രകടമാക്കുന്നത് തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ജാഗ്രത അനുഭവം ഇതെവിടെ നിന്നുണ്ടായി ഒരൊറ്റ ഉത്തരമേ പറയാൻ പറ്റും മറ്റൊന്നും പറയാൻ പറ്റില്ല ഉണ്ടെന്നതുപോലുണ്ടായി അനുഭവത്തെക്കുറിച്ച് ചോദിക്കുന്നു പുറത്ത് നോക്കു പറയാം വിത്തിൽ നിന്ന് മാവുണ്ടായി മാവിൽ നിന്ന് വിത്തുണ്ടായി എന്നല്ല പറയും പക്ഷെ ഈ അനുഭവം ഈ പ്രതീതിയുടെ തലത്തിൽ ഇതെല്ലാം ഉണ്ടായത് ഇവിടെ സ്വത്നസ്ഥയോ തന്നിൽ നിന്ന് തന്നെ മറ്റൊരിടത്തു നിന്നും അനുഭവം അനുഭവത്തിൽ നമ്മൾ ഖനമാനങ്ങളെയൊക്കെ ആരോപിക്കുകയാണ് നാമ രൂപങ്ങളെയൊക്കെ നമ്മൾ കണ്ടെത്തുകയാണ് അതിലാണ് പിന്നീട് നമ്മൾ കാര്യകാരണഭാവങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത് പക്ഷേ ഇത് പ്രതീതി നിലനിൽക്കുന്നതാണ് സർവവും അസ്വത്നസ്ഥയോഹോ തന്നെ സ്ഥിതി ജഗത് ബീജൂതയൂഹോ അതെവിടെ നിന്ന് വന്നു ഈ ജാഗ്ര നിന്നുമ്പെന്തായിരുന്നോ അവിടെ നിന്ന് വന്നു ജാഗ്രത്തിൽ ഇതെല്ലാം സ്വത്മസ്ഥമായിരുന്നു തന്നെ തന്നെ ഉണ്ടായിരുന്നു അതിൽ നിന്നിതെല്ലാം പ്രകടമായി ജാഗ്രത്തിനും അവിടെ ജാഗരത്തിന് അത് പ്രകടമായി തന്നിലുണ്ട ഉള്ളതല്ലേ പ്രകടമാകും ഇതെല്ലാം തന്നിൽ നിന്ന് തന്നെ പ്രകടമായതാണ് അതിന്റെ നിർവഹിത നിർവോഠ വ്യാകടത്ത അതിനെങ്ങനെ പ്രകടമാക്കുന്നവൻ അതാണ് ഈ ആകാശം അതാണ് ആത്മാവ് അതിനെന്തുകൊണ്ട് ആകാശം എന്ന് പറഞ്ഞു പറഞ്ഞു അശരീരത്വ സൂക്ഷ്മത്വ ആകാശസ്വരൂപവുമായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ സർവ്വവും നിലനിൽക്കുന്നത് ബാഹ്യമായ ആകാശ സ്വരൂപമായി അതുപോലെ ആന്തരികമായ ആത്മാകാശ സ്വരൂപമായിട്ടാണ് ഇത് സർവ്വതും നിലനിൽക്കുന്നത് നേരത്തെ പറഞ്ഞുകൊണ്ട് ഹർദ്ദാകാശം അതിനെ വ്യക്തമാകുന്നതിനു വേണ്ടി പറയുകയാണ് ഈ നാമരൂപങ്ങളെല്ലാം എവിടെ നിൽക്കുന്നു സ്വാത്മസ്ഥം തന്നെ തന്നെയാണ് നിലനിൽക്കുന്നത് ഇത് അന്തരാ ബ്രഹ്മ എന്നുള്ളൊരു പേര് പറയുന്നു ഈ പ്രതീതിയിലാണല്ലോ ഇതെല്ലാം നിലനിൽക്കുന്നു പ്രതീതിയെ മാറ്റുക നാമരൂപങ്ങളെ നിലനിർത്തുക അതാർക്കും സാധ്യമാവും ആകത്തില്ല അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇത് ഏതുപോലെയാണോ ഭേനസ്ഥാനീയോ സലിലസ് ചെയ്യുക വെള്ളത്തിലെ നുരയും പതയും പോലെ വേർതിരിക്കാൻ വയ്യാതെ ബോധത്തിൽ നിന്ന് നാമരൂപങ്ങളെ വേർതിരിക്കാൻ കഴിയാതെ ാമരൂപ മിശ്രമായി ഈ ബോധത്തിൻ്റെ പ്രകാശമായി ഇത് നിലനിൽക്കുന്നു എസ് സി ബ്രഹ്മണോ അന്തരാമ്യ വർദ്ധതി തയ്യൂർവ നാമരൂപയൂർ അന്തരാമ്യ നാമരൂപാഭ്യം ബ്രഹ്മ ഇത് രണ്ടു തരത്തിലും പറയാം ഒന്ന് ബ്രഹ്മത്തിൽ ഈ നാമരൂപങ്ങൾ സ്ഥിതി ചെയ്യുന്നു ീ ബോധത്തിൽ ഈ പ്രജ്ഞയിൽ ഈ അറിവിൽ ഈ നാമരൂപങ്ങൾ സ്ഥിതി ചെയ്യുന്നു തിരിച്ചും പറയുന്നെന്താണ് നാമരൂപയോ അന്തര ഈ നാമരൂപങ്ങളിൽ എന്ന് തന്നെ പറയാം മധ്യേ ഈ നാമരൂപങ്ങളിൽ ഈ ബോധം സ്ഥിതി ചെയ്യുന്നു അല്ലേ ഇതിനെ വേറൊപ്പിക്കാൻ പറ്റും ഈ ചിത്തിന് ഉടലിൽ നിന്നോ ഉടലിന് ചിത്തിൽ നിന്നോ വേർതിരിക്കാൻ പറ്റില്ല ഈ നാമരൂപങ്ങളിൽ നിന്ന് ബോധത്തെയോ ബോധത്തിൽ നിന്ന് നാമരൂപങ്ങളെയോ വേർതിരിക്കാൻ അങ്ങനെയാണ് നമ്മുടെ പ്രതീതി ഒരു ശബ്ദം അകാരം ആ ശബ്ദത്തെ നമ്മൾ ഉച്ചരിക്കുന്നു ആ ശബ്ദത്തെ നമ്മൾ ശ്രമിക്കുന്നു ആ ശബ്ദത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി ഇനിയൊന്ന് ശ്രമിച്ചു നോക്കുക ബോധത്തിൽ നിന്ന് ശബ്ദത്തെ മാറ്റുക ആ ശബ്ദത്തിൽ നിന്ന് ബോധത്തെ മാറ്റുക സാധ്യമല്ല എന്നാൽ ആ ശബ്ദത്തിന് മുമ്പും ഈ ബോധം അതുകൊണ്ട് പറയാം എന്താണ് ഇത് നാമ്പ രൂപ അസ്പൃഷ്ടം ഇതുമായിട്ട് അത് പരമാർത്ഥബന്ധമില്ലാതിരിക്കുകയാണ് ആ ബോധത്തിന് വന്നും പോയി ഇരിക്കുകയാണ് പക്ഷെ വേർതിരിക്കാൻ വയ്യ സത് ബ്രഹ്മ അതാണ് ഈ ബ്രഹ്മം പറയുന്നത് തന്റെ ഹർദ്ദാകാശത്തിലുള്ള ബ്രഹ്മത്തെ അതിനങ്ങനെ പറയുന്നു ബ്രഹ്മം അന്യമായി പോകാതിരിക്കാനാണ് എന്തോ ഒരു വലിയ സാധനം ഇപ്പം കിട്ടാത്ത ഒരു സാധനം എന്നുള്ള ബോധം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൃദയത്തിലെന്ന് പറയുന്നത് ഹൃദയം എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ മനസ്സ് മാംസമുണ്ടാകുന്നു മനസ്സെന്ന് പറയുന്നത് എന്താ ഈ ബോധം തന്നെ അറിവ് തന്നെ അറിവിൽ ഇത് പ്രകാശിക്കുന്നു അറിവിനെ ഇതിൽ നിന്ന് വേറെതിരിക്കാൻ വയ്യ ഇതിനെ അറിവിൽ നിന്ന് വേറെതിരിക്കാൻ വയ്യ എന്താ ശബ്ദത്തിൽ നിന്ന് അറിവിൽ നിന്ന് വേർതിരിക്കാൻ പറ്റൂ നാമത്തെ രൂപത്തെയോ അറിവിൽ നിന്ന് വേർതിരിക്കാൻ പറ്റൂ ഇല്ല കാരണം അങ്ങനെ വേർതിരിക്കണമെങ്കിൽ അത് ജാഗ്രതയിലായിരിക്കും ജാഗ്രതയിലത് ചേർന്ന് ഇരിക്കുക അതിനാണ് ജാഗ്രത എന്ന് പറയുന്നത് അല്ല ഇതിനെ വേർതിരിക്കണമെങ്കിൽ നേരെ സുശക്തിയിലേക്ക് പോകുക അവിടെ ഇത് വേർതിരി വിട്ട് നടക്കത്തുന്നില്ല അവിടെ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല അപ്പോൾ ജാഗ്രതയിലെ കാര്യം പറയുകയാണ് ഇത് അതേസമയം നാമരൂപരിലക്ഷണവുമാണ് ഈ അക്കാലം ഉണ്ടാകുന്നതിന് മുമ്പും പിമ്പും അതുണ്ടായിരുന്നു എന്നീ രൂപങ്ങളെല്ലാം പെട്ടിട്ട് അത് സുഷൃത്തിയിൽ അത് ഏകനായിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പറയുന്നത് അസ്പൃഷ്ടം തഥാപി തയോർ നൃവോഢം യവൻ ബ്രഹ്മ വാസ്തവത്തിൽ ഇത് നാമരൂപങ്ങളിൽ നിന്ന് വിട്ടിരിക്കുക തന്നെയാണ് പക്ഷെ ഈ നാമരൂപങ്ങളെ നിലനിർത്തുന്നതും ഇത് തന്നെ അതിന് പ്രകടമാകുന്നതും അതിൻ്റെ നിർവോഠ നിർവോഡ അതിനെ നിർവഹിപ്പിക്കുന്നത് നിർ അതിനെ പ്രകാശിപ്പിക്കുന്നത് തന്നെ ഇത് നാമരൂപങ്ങളിൽ നിന്ന് വേറിട്ട സുഹൃത്തേയിലിരുന്നു ജാഗ്രത്തിൽ വന്നത് നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ജാഗ്രതത്തിന് എത്ര സമർത്ഥനായാലും ശരി ബോധത്തിൽ നിന്ന് ഇതിനെ വിവരതിരിക്കാൻ സാധ്യമുണ്ട് സമാധിപ്പെട്ടതിന്റെ അത് ജാഗ്രതല്ല ജാഗ്രതയുടെ കാര്യം പറയുകയാണ് അതിനെ വിവരതിരിക്കാൻ കഴിയില്ല വിമൂർച്ഛയെന്നോ സമാധി എന്നോ സുസക്തി എന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജാഗ്രതല്ല അതാണ് ഇതരിതര താതാത്മ്യം ഇതരെതര വേകേന അന്യോന്യസ്മിൻ അന്യോന്യത്മകഥ അന്യോന്യധർമാം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ഇതാണ് അതാണൂടെയും പറയുന്നത് ഇതുമേ മൈത്രേ ബ്രാഹ്മണീയനുക്തം ചിന്മാത്ര അനുഗമ സർവത്ര സ്വരൂപത്തെ ഏവേദികം ഏകവാക്യത ഇതാണ് മൈത്രി ബ്രാഹ്മണമെന്ന് പറഞ്ഞാൽ ദൃഢാരണ്യത്തിൽ പറഞ്ഞത് ഈ വിഷയത്തെ കുറിച്ചാണ് ചിന്മാത്ര അനുഗമാ സർവത്ര അനുസ്യൂതമായിരിക്കുന്നത് കേവലമായി ചിത്ത് അതിനോട് നേരത്തെ ഞാൻ ബോധം പ്രജ്ഞ എന്നെല്ലാം പറഞ്ഞു ആ ചിത്മാത്ര അനുഗമാ സർവത്ര എന്നുവെച്ചാൽ ഈ ദൃശ്യത്തിലെല്ലാം നാമരൂപങ്ങളിലെല്ലാം കേവലം ആ ചിത്തിന്റെ പ്രഭാവമാണ് ചിസ്വരൂപത്തെ അത്യന്തികമായി അവൻ ഗ്രഹിക്കുന്നു ഇതെല്ലാം ചിത്സ്വരൂപം തന്നെ ഈ ജാഗ്രത നാമരൂപങ്ങളായി ഇവിടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവയെ ചിത്തിൽ നിന്നും വേർപിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇത് ആ ചിത്ത് തന്നെയാണ് ചിത്ത് നാമാത്മകമായി രൂപാത്മകമായി വരുന്നു ഇതിന് പ്രതീതി എന്ന് പറയുന്നു കഥം തവഗമ്യത ഇതിഹാസ് ആത്മാത്മാഹി നാമ സർവജന്തു പ്രത്യക്ചേതന പറയുന്നത് എന്റെ സ്വരൂപമാണ് ബോധം തൻ്റെ സ്വരൂപമാണ് പ്രത്യേകനുസംയസ് അതനുഭവരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അത് അജ്ഞേയമല്ല പ്രസിദ്ധ അതുകൊണ്ട് തന്നെ അത് പ്രസിദ്ധമാണ് തേനൈവ സ്വരൂപേണ അശരീരോ സർവഗതാത്മാ ബ്രഹ്മിത്യവഗാന്വ്യം അത് അശരീരമായ ആകാശത്തു പോലെ സർവഗതമായ സുസ്വരൂപമാണ് എന്ന് അറിയേണ്ടതാണ് തഹ്മ അമൃത അമരണധർമ്മ അത് അമൃതമാണ് അമരണധർമാവാണ് ഇനി വരുന്ന മന്ത്രഭാഗമാണ് അതാ ഊർദ്ധും മന്ത്ര കാരണം അവിടെ അവസാനം ഒരു ആവർത്തനം വരുന്നുണ്ട് അതുകൊണ്ട് പറയുന്നു അത് മന്ത്രമാണ് ഒന്ന് ചെയ്തവരുള്ളത് ബ്രാഹ്മണഭാവം എന്താണ് പ്രജാപതി ചതുർമുഖ തസ്യ സഭ പ്രഭുവിമിതം പ്രഭിച്ചേയം ഉപാസകന് കാമനങ്ങളുണ്ടല്ലോ ബ്രഹ്മലോകത്തെ കുറിച്ച് അവന്റെ കൽപ്പനയാണ് എന്താണ് അത് ചതുർമുഖന്റെ സഭയാണ് അവിടെ എത്തിച്ചേരണം കിഞ്ചയോഹം യേശു നാമ ആത്മാഹം ഭവാമി ബ്രാഹ്മണാനാ ഞാൻ യശസ് ബ്രാഹ്മണരുടെ യശസ്വിയായിട്ടിരുന്നു എന്ന് വെച്ചാൽ ബ്രാഹ്മണനെന്തെല്ലാം യശസ്സിന് ഹേതുക്കളായിട്ടുണ്ടോ അതെല്ലാം കൊണ്ട് ഞാൻ യശസ്വിയായി മാറുന്നു ബ്രാഹ്മണായവ ഹീ വിശേഷം ഉപാസദേശം യശോഭവാമി ബ്രാഹ്മണൻ അതിന് ഉപാസിക്കുന്നു എങ്ങനെ സദ്വൃത്തനായി സദ്ഗുണങ്ങളോടുകൂടി അതിനെ ഉപാസിക്കുന്നു അതുകൊണ്ട് അവൻ യശസ്സുള്ളവനായിരിക്കുന്നു അതുകൊണ്ട് ആ യശസ് ഉപാസകൻ യശസ്സും ആവശ്യമാണ് തഥാ രാജ്ഞാം വിശാം രാജാവ് എന്ന് വെച്ച ക്ഷത്രിയൻ വിശൻ എന്ന് പറഞ്ഞ വൈശ്യൻ ഇവരെല്ലാം ഇതിനെ ഉപാസിക്കുന്നവരാണ് മുഖ്യമായി ഉപാസിക്കുന്നവരെ എടുത്ത് കാണിക്കുന്നു അധികൃതായ വേദി ഭാഷകാരം പറയുന്ന അവരെല്ലാം ഉപാസനയ്ക്ക് അധികാരികളാണ് ഉപാസനയെക്കുറിച്ചും എന്താ പറയുമ്പോൾ ഭാഷ്യക്കാരനുടനെ അവിടെ അധികാര ചിന്തയിൽ കൊണ്ടുവരും ബ്രാഹ്മണക്ഷത്ര വൈശ്യന്മാരാണ് ഇതിന് അധികാരികൾ അതുകൊണ്ട് അവരെ പ്രത്യേകിച്ച് പറഞ്ഞു എന്നാ പറയുന്നു അപ്പോ അവരെല്ലാം യശസ്സികളായിരിക്കുന്നു ഞാൻ യശസ്സികളുടെ ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ താൻ സ്വയം യശസ്വിയായിത്തീരുന്നു ഉപാസനയിലൂടെ തജശോഹം അനുപ്രാപ് ി അനുപ്രാപ്തി മിച്ചാമി അതാണ് എന്റെ താല്പര്യം ആ യശസ് എനിക്കും കൈവരണം ഉപാസനയിലൂടെ അവന് കാമനുണ്ടല്ലോ സഹഅഹം യശസ്സാം ആത്മനാം ദേഹീന്ദ്രിയ മനോബുദ്ധി ലക്ഷണെല്ലാം സ്വരൂപമായിരിക്കുന്നു എന്നിലാണ് യശസ് ഞാൻ സ്വയം യശസ് അല്ല ഞാൻ സർവസ്വരൂപനായിരിക്കുന്നു കിമർത്ഥം അഹമേവം പ്രബദ്ധി ശ്വേതം വർണദ പക്വഭരസമം വിരോഹിതം തത് അതത് ദന്തരഹിതം ഉപാസനയിലൂടെ ഞാൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കണ ഇനി വീണ്ടും എനിക്കൊരു ജന്മം ഉണ്ടാകരുത് വീണ്ടും എനിക്കൊരു ഗർഭവാസം ഉണ്ടാകരുത് അതാണ് അതിനു വർണ്ണിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആ ഗർഭവാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ശേതം വർണ്ണത ഗർഭസ്ഥിതിയെ കുറിച്ച് പറയുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നു കാരണം ഇവിടെ ഉപാസകൻ പുരുഷനാണ് പുരുഷവാചിയായ ശബ്ദം കൊണ്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപാസനയാണ് ചെയ്യുന്നത് അപ്പം അയാൾക്ക് ബ്രഹ്മചര്യാദി സാധനകളോടുകൂടി വേണം ഉപാസന അനുഷ്ഠിക്കേണ്ടത് അതുകൊണ്ട് തന്റെ സാധനയ്ക്ക് ഭംഗം വരരുത് എന്നാൽ ഉപാസനയിൽ നിന്നും അവൻ ദൃഷ്ടനാകും അതും സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ജന്മം ഗർഭവാസം തുടങ്ങിയ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും അതൊന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു േ മനഃപ്രജാഭ്യാചാര്യുലേദമധീറ്റുരോ കർമ്മതിശേഷേണിസമാവൃത്യ കുടുംബേഷധ്യതീയാനോർത് ആത്മനി സർവേന്ദ്രിതിഷ്ടസൻസൂതീർഭ്യമം വർത്തയുഷ്യം ബ്രഹ്മലോകംപ്യധേതാത്മജനസോപകരണം ഓമിത്ക്ഷണമെ സഹോപാസന ഇതി ഉപാസനയെ കുറിച്ചും ജ്ഞാനത്തെ കുറിച്ചും പറഞ്ഞു ഇവിടെ അവസാനം ഇതെന്താണ് ഹിരണ്യമേശ്വരൻ കശ്യപ പ്രജാപതിക്ക് ഉപദേശിച്ചു അസൗപി മനവി സുപുത്രായ പ്രജാപതി സുപുത്രനായ മനുവിനുപദേശിച്ചു ഗീതയിൽ പറയുന്ന പോലെ മനു പ്രജാഭ്യ മനു പ്രജകൾക്ക് വേണ്ടി ഇത് ഉപദേശിച്ചു ശ്രുതിയർത്ത സമ്പ്രദായ പരമ്പരയം ഉപനിഷ്ഞാനം അധ്യാപിത ഇത് ഇങ്ങനെ ശ്രുതി താല്പര്യ സമ്പ്രദായം അത് പ്രത്യേകം പറയുന്നു ശ്രുതി സമ്പ്രദായം എന്താ ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിച്ച ആ സമ്പ്രദായത്തിലൂടെ പരമ്പരയായി വന്നു കഴിഞ്ഞതാണ് അല്ലാതെ ആർക്കും ഇത് ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച് വന്നൊന്നുമല്ല ഉപനിഷത് വിജ്ഞാനം ഇന്നും ഭാഷകാരൻ പറയുന്ന വന്നു ഇന്നും വിദ്വത് സ്വകം ഇതേ വിദ്വാൻമാരിൽ ഉപാസന വിദ്വാനെന്ന് പറഞ്ഞാൽ ഉപാസനമായ ജ്ഞാനിയാണ് ഇതിന് രണ്ടും ഉണ്ട് അതുകൊണ്ട് രണ്ടു കൂട്ടരിലും ഇതുണ്ട് ഇദ്ദേഹം സ്ത്രീയെ പ്രകാശിതാത്മവിദ്യാസഫലഅവഗമ്യതേ തഥാ കർമ്മ കസ്റ്റനാർത്ഥ ഇതിപ്രാപ്തേ തഥാനർത്ഥയ്ക്ക് പ്രാപ്തി പരിഹീഷയ ഇതം കർമ്മണോ അവിദ്വത്ഥ അനുഷ്ഠീയമാനസിഷ്ടഫലവത്വന അർത്ഥവത്വം വെച്ചത് പറയുന്നു ഈ വേദം മുഴുവൻ പ്രമാണമാണ് അതിൽ ഈ ജ്ഞാനം ഉപാസന ഇതെല്ലാം മുഖ്യമാണെങ്കിലും ഇവിടെ അവസാന ഉപാസനയെക്കുറിച്ചാണ് പറഞ്ഞത് ജ്ഞാനത്തെക്കുറിച്ചും പറഞ്ഞു ഇതെല്ലാം സഫലമാണ് അപ്പോൾ മുമ്പ് വന്ന കർമ്മങ്ങളോ അത് സഫലമാണ് എന്ന കർമ്മ നാം കശ്ചനാർത്ഥ ഈ കർമ്മങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്ന് ധരിക്കരുത് തത് അനർഥിക്ക് പ്രാപ്തി പരിചരിച്ച കർമ്മം അനർത്ഥമാണെന്ന് വരുമോ അത് വരാൻ പാടില്ല ആ ദോഷത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി കർമ്മം വാസ്തവത്തിൽ അവിദ്വദ്ധി അനുഷ്ഠീയ മനസ്സിയ അവിദ്വാൻമാരാണ് അത് വിശിഷ്ടഫലവത്വനതിനും വിശിഷ്ടമായ ഫലമുണ്ട് അതുകൊണ്ട് അർത്ഥവത്വം അതിനും പ്രയോജനമുണ്ട് അതാണ് അടുത്ത് പറയുന്നു ഇവിടെ പൊതുവെ പറയും ഉപനിഷത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് ആ ഏവന സന്യാസിക്ക് വേണ്ടി മാത്രമല്ല സന്യാസിക്കുമാകാം എങ്ങനെ ആചാര്യകുല വേദം അധീത്യ ആചാര്യകുലത്തിൽ നിന്ന് വേദം അധ്യയനം ചെയ്യണം സഹാർത്ഥത്തോ അധ്യയനം കൊടുത്തു അർത്ഥബോധത്തോടു കൂടി ചെയ്താൽ അല്ലെ അത് പ്രയോജനപ്പെടുത്തുള്ളൂ യഥാവിധാനം യഥാസ്മൃതിയുക്തേ ഹി നിയമേ യുക്തഹസൻ സ്മൃതികളിൽ പറയുന്ന നിയമങ്ങളെല്ലാം സ്മൃതികളെന്ന് പറഞ്ഞാൽ ഗ്രഹീയ കൽപസൂത്രങ്ങളിലെല്ലാം പറയുന്ന നിയമങ്ങളെല്ലാം അനുസരിച്ച് വേദാധ്യയനം ചെയ്ത് സർവസ്യാഭിവിദ്ദേഹി സ്മൃതിയുക്ത ഉപകുർബാണകം പ്രതി കർത്തവ്യത്തെ ഗുരു ശുശ്രൂഷായ പ്രാധാന്യ പ്രദർശനാർത്ഥമാഹ ഇവിടെ പറയുന്നത് ഉപകുർബാനം ബ്രഹ്മചാരിയെക്കുറിച്ചാണ് അതായത് വിദ്യ അഭ്യസിക്കുന്നതിനു വേണ്ടി ഗുരുകുലത്തിൽ താമസിക്കുന്ന വന്നിട്ടുണ്ടോ ഈ ചർച്ചയുടെയോ ഉപകുറവാണ് ബ്രഹ്മചാരിയെ കുറിച്ച് വിദ്യ അഭ്യസിക്കുന്നു അതിനുവേണ്ടി ഗുരുകുലത്തിൽ താമസിക്കുന്നു നൈശിക ബ്രഹ്മചാരി അയാളുടെ എന്താണ് ഗുരു ശുശ്രൂഷായ കടത്തവ്യത്തെ ഗുരു ശുശ്രൂഷ ആണ് അവരുടെ മുഖ്യമായ കർത്തവ്യം എന്ന് പറയുന്നത് ഗുരുകുലത്തിൽ താമസിക്കുമ്പോൾ അത് ചെയ്തേരും സ്മൃതിയുക്തയുഹോ ഉപകുർബാനകം പ്രതി കർത്തവ്യത്വേ അതാണ് വിധി എന്ന് സ്മൃതികളിലും മറ്റും പറഞ്ഞിരിക്കുന്ന അതാണ് വേണ്ടി ഗുരുകുലത്തിൽ താമസിച്ചുകഴിഞ്ഞാൽ ഗുരുവിന് ശുശ്രൂഷ ചെയ്യണം ഇത്തരം കാര്യങ്ങൾ പ്രാധാന്യ പ്രദർശനം അത് മുഖ്യമായൊരു കാര്യമാണ് കാരണം അത് അവന്റെ അന്ധകരണ ശ്രദ്ധിക്കും മറ്റും അത് ആവശ്യമാണ് തത്കൃത്വ ഗുരുവിന് വേണ്ട സേവനങ്ങളെല്ലാം ചെയ്യണം അതാണ് മുഖ്യം അതാദ്യം ചെയ്യണം പറയുന്നു ഇതാണ് സ്മൃതി പറയുന്നത് എന്നിട്ട് കർമ്മശിവന്യോ അധിശിഷ്ടക്കാലം സ്ഥീനകാലേനെ വേദം അധികം അപ്പോൾ കർമ്മങ്ങളൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് മാത്രം വേദം പഠിച്ചാൽ ബാക്കി സമയമെല്ലാം കർമ്മം ചെയ്യണമെന്നാണ് രാവിലെ ഒരു മണിക്കൂർ മതി ബാക്കി സമയം പഴയകാലത്ത് ഗുരുകുലത്തിന്റെ നിയമം അല്ലാതെ മുഴുവൻ സമയവും നമ്മൾ വേദം അധ്യയനം ചെയ്തിട്ട് കുറച്ചു സമയം ഗുരുശുശ്രൂഷ ചെയ്യുക അല്ല പഴയ രീതി ഗുരു ശുശ്രൂഷ ഇനി ഇല്ല എന്ന് വന്നുകഴിഞ്ഞാൽ ആ സമയം മാത്രം വേദ അധ്യയനം ചെയ്യുക എന്നു ഇതാണ് ഉപഗുർവാണ് ബ്രഹ്മചാരിയുടെ നിയമം പഴയകാലം വെച്ചാൽ വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി ആചാര്യകുലത്തിൽ താമസിക്കുന്ന ബ്രഹ്മചാരിയുടെ നിയമം ഇതായിരുന്നു ല്ല ഒന്ന് ആലോചിക്കും എന്തായിരുന്നു പഴയ നിയമവും നിയമവത അധീതു വേദ കർമ്മജ്ഞാന ഫലപ്രാപ്തി പറയുന്നു ഈ നിയമത്തെ അനുസരിച്ച് വേദം അധ്യയനം ചെയ്യുന്നവന് മാത്രമേ അത് കർമ്മത്തിനും ജ്ഞാനത്തിനും ഉപകരിക്കത്തുള്ളൂ എന്നാണ് അപ്പൊ അവിടെ ഗുരുശിശു മുഖ്യമായി പറയുന്നത് നടക്കും എന്നാ അന്യഥ അല്ലെങ്കിൽ കൂടുതൽ സമയം അധ്യയനം ചെയ്യുകയും കുറച്ച് സമയം ഒരു സിസ്റ്റർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഫലവത്താകത്തില്ലെന്നാണ് അത് വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ കൂടുതൽ സമയം ജോലിയെടുക്കുക പണിയെടുക്കുക ആശുപത്രിയിലോ സ്കൂളിലോ എവിടെയെന്ന് വെച്ചാൽ അവിടെ കുറച്ച് സമയം മാത്രം പഠിക്കുക വ്യക്തമായി പറയുന്നു ഞാൻ പറയുന്നല്ല ശ്രുതി പറയുന്നതാണ് അഭിസമാവൃത്തിയ ധർമ്മ സമാപിക്കുക ഗുരുകുലാൽ നിർവൃത്തിയ ന്യായത് ധാരാഹൃത്യ ഇതെല്ലാവർക്കും വേണ്ടി പറയുന്നതല്ല കുടുംബേശത്വ ഗർഭസ്ഥി വിഹിത കർമ്മണി തിഷ്ഠൻ ഇത്യർത്ഥ ഇനി ഉപഗുർവാണ ബ്രഹ്മചാരികൾ ഗുരുവലത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നവരുണ്ട് അഭിസമാവൃത്യ അവിടെ വിദ്യ പൂർത്തിയാക്കുന്നു എന്നിട്ട് ധർമ്മ ജിജ്ഞാസ സമാപ അതാ ധർമ്മ ജിജ്ഞാസ എന്ന് ജൈമിനി പറഞ്ഞ ആ ധർമ്മ ജിജ്ഞാസ ധർമ്മവിചാരം അത് പൂർത്തിയാക്കി നടത്തും ധർമ്മ ജിജ്ഞാസ എന്ന് വെച്ചാൽ ധർമ്മവിചാരം അതെല്ലാം പൂർത്തിയാക്കി അതെല്ലാം മനസ്സിലാക്കി ഗുരുകുല നിർവൃത്യ ഗുരുകുലത്തിൽ തിരിച്ചു പോയി ന്യായതോ ധാരാൻ ആഹൃത്യ നിയമപ്രകാരം ധാരാഗ്രഹണം ചെയ്ത് കുടുംബേശിത്വ കുടുംബസ്ഥനായി ഗാർഹസ്ത്യവീതേ കർമ്മനിതിഷ്ഠൻ ഗാർഹസ്ത്യവും ഭീതകർമ്മമാണ് അതിൽ ചെയ്തുകൊണ്ട് തത്രാവിർഹസാനം കർമ്മ സ്വാധ്യായ പ്രാധാന്യ പ്രദർശനാർത്ഥം അതിൽ തന്നെ പഠിച്ചത് കുട്ടികളെയാൻ പാടില്ല ഗുരുകുലത്തിൽ പഠിച്ച വേദാധ്യനം തുടരണം സ്വാധ്യായത്തിന് പ്രാധാന്യമുണ്ട് ശിശു വിവിക്തി അമേത് യഥാവതാദിന വളരെ ശുദ്ധിയായി വൃത്തിയായി ശുദ്ധമായ സ്ഥലത്തിരുന്ന് സ്വാധ്യായ മധീയാനോ ഗുരുകുലത്തിൽ പഠിച്ച് തുടർന്ന് പഠിച്ച് നൈത്യകം അധികം ജയിതാശക്തി അഭ്യാസം നിത്യം താൻ അനുഷ്ഠിക്കേണ്ടതായ സ്വാധ്യായം എന്ന് വെച്ചാൽ സ്വശാഖയുടെ അധ്യയനം പഴയ കാലം അനുസരിച്ച് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത് ഇന്നതെല്ലാം പോയി അത് നിർബന്ധമായും ചെയ്യണം കഴിയുമെങ്കിൽ കുറച്ചുകൂടി വേദം ചെയ്യണം അതെല്ലാം ചെയ്യണം ചെയ്തിട്ട് കുറവൻ ധാർമ്മികാൻ പുത്രാൻ ശിഷ്യാംശർമ്മയുക്താൻ വിദധികം ശിഷ്യന്മാരുണ്ടാകണം എന്നുവെച്ചാൽ മറ്റുള്ളവരെ വേദം പഠിപ്പിക്കണം പുത്രന്മാരുണ്ടാകണം എവിടെയെല്ലാം ധർമ്മമാർഗത്തിൽ നടത്തിക്കണം സൗഹൃദ ഹൃദയ ബ്രഹ്മണി സർവേന്ദ്രിയാപ്യ ഉപസംഹൃത്യ സർവേന്ദ്രിയ ഗ്രഹണാൻ കർമാണുജ സന്യസ്യ പിന്നെ പറയുന്നു അവിടെ ഇരുന്നുകൊണ്ട് ഒരുവന് ഉപാസിക്കാം ഈ ബ്രഹ്മത്തെ സ്വന്തം ഹൃദയത്തിൽ ഉപാസിക്കാം അല്ലെങ്കിൽ എന്താണോ ഒരു കുട്ടനുണ്ടീം ഉപേക്ഷിക്കുന്നുവല്ല കർമാണിജ സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നു എന്നിട്ട് അഹിംസൻ ഹിംസാം പരപീഡം അക്കുറവൻ സർവഭൂതാനി സമര ജുങ്കമാനി ഒന്നിനെയും കൊല്ലാതുക എന്നുള്ള അർത്ഥമല്ല പറയുന്നിവിടെ പരപീഡ കൂടാതെ അന്യരെ പീഡിപ്പിക്കാതെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നിനെയും പീഡിപ്പിക്കാതെ അപീഡ എന്ന തീർത്ഥാ അത് വിശേഷിച്ചും സന്യാസത്തിന് വേണ്ടി പറയുന്നു ഗ്രഹസ്ഥനും അതാ പറഞ്ഞിരിക്കുന്നു ഭിക്ഷാനിമിത്ത അടനാദിനാഭി പരപീഠ അസാ അതാക പറയുന്നു സന്യാസി ഭിക്ഷാടനവും മറ്റും ചെയ്യുമ്പോൾ കാലുകൊണ്ട് ഉറുമ്പിനെയും മറ്റും ചവിട്ടിക്കൊല്ലുകയല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അണുക്കളും മറ്റും ഉള്ളിൽ പോകുന്നുണ്ടോ അങ്ങനെ പരപീഠ വരുമല്ലോ പറയുന്നു അന്യർത്ഥ തീർത്ഥ്യഹ തീർത്ഥനാമശാസ്ത്ര അനുജ്ഞാവിഷയോ അന്യത്ര ശാസ്ത്രം അനുവദിച്ചിട്ടോളം പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് വരുന്ന ഹിംസകളൊന്നും ഹിംസയായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല കാരണം അത് ജീവനസന്ധാരണത്തിനൊക്കെ ആവശ്യമാണ് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ പീഡിപ്പിക്കുക വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ പീഡിപ്പിക്കുക അത് അത്യാവശ്യം വരുന്ന കാര്യങ്ങളിൽ അതിന് ഹിംസയായിട്ട് കണക്കാക്കണ്ട ശരീരം നിലനിൽക്കണമല്ലോ സർവാശ്രമണം ചെയ്ത് സമാനം തീർത്തേഭ്യോ അന്യത്ര അഹിംസേ വേദി പറയുന്നു ഇത് കേവലം സന്യാസിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതെല്ലാം വൈദികമായ നിയമം അനുസരിച്ച് എല്ലാ ആശ്രമികൾക്കും ഇത് ബാധകമാണ് ബ്രഹ്മചാരിയും സന്യാസിയും അഹിംസൻ സർവാണി ഭൂതാനി അന്യത്ര തീർത്ഥേഭ്യ ശാസ്ത്രവിഹിതമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കാമെന്നുള്ള ഒന്നിനെയും പരപീഠപ്പാടില്ല ഇത് നിയമം സന്യാസിക്ക് വേണ്ടി മാത്രമല്ല തന്നെ ഇരുന്നു കൊണ്ട് ഉപാസന അനുഷ്ഠിച്ചു അഹിംസാവൃ സ്വീകരിച്ചു ശരീര അന്തത്തിൽ ശരീരപാദത്തിൽ അവൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു എന്നുവച്ച പുനരാവൃത്തതേ ശരീരഗ്രഹൻ ശരീരഗ്രഹണത്തിനുവേണ്ടി അവൻ ജന്മമില്ല ആ ജീവിതം അവിടെ പൂർണ്ണമാകുന്നു പുനരാവൃത്തേ പ്രാപ്തായ പ്രതിഷേധ സ്വാഭാവികമായിട്ടും മറിച്ച് തിരിച്ചു വരേണ്ടതാണ് പക്ഷേ അവന്റെ ജീവിത വിശുദ്ധിയൊണ്ട് അവന്റെ ഉപാസനം കൊണ്ട് അവന്റെ ജ്ഞാനം കൊണ്ട് അവൻ തിരിച്ചു വരുന്നില്ല അർച്ചരാധന മാർഗീണ കാര്യം അവൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു ചർച്ച ചെയ്തതാണ് അവിടെ എത്തിച്ചേരുന്നു ബ്രഹ്മലോക സ്ഥിതി എത്രകാലം ബ്രഹ്മലോകമുണ്ടോ എന്ന് വെച്ചാൽ കല്പാന്തം വരെ സ്ഥിതി ചെയ്യുന്നു തത്ര ഏവ തിഷ്ടവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു തിരിച്ചു വന്നതുപോലെ പോവുകയും വരികയും ചെയ്തതുപോലെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ആവർത്തിച്ചത് അഭൂബലമിന്ദ്രിയോപനിഷ്ടംരാഗുരിയാം മാ ബ്രഹ്മ നിരാകോർണമസ്നിരതേ ഉപനിഷത്സുധർമാ multimodal sacrifices for me!